ഭക്തിയോഗം അർജുനൻ പതിനൊന്നാം അധ്യായം ഭഗവാൻ ഭക്തിയിലൂടെ എന്റെ ഈ സ്വരൂപത്തിലേക്ക് എൻ്റെ ഈ സ്വരൂപത്തെ അറിയാൻ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധ്യമാകൂ കർമ്മം കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ തപസ്സുകൊണ്ടോ ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഭക്തി എന്നത് നിസാരമല്ല എന്ന് പറയുക വേദാധ്യയനവും തപസ്സും ഇതുമൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ് അപ്പം ഭക്തി ഇതിനേക്കാളുമൊക്കെ മുകളിലാണ് അത് വിരാജിക്കുന്നത് അതിൻ്റെ സ്ഥാനം അപ്പം ഭക്തി ഒന്നുകൊണ്ട് മാത്രം എന്നെ പ്രാപിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ഭഗവാൻ എന്താ ആ അധ്യായത്തെ ഉപസംഹരിച്ചപ്പം അർജുനനുണ്ടായ സംശയം എങ്ങനെയാണ് അങ്ങയെ ഉപാസിക്കേണ്ടുന്നത് അല്ലെങ്കിൽ അങ്ങയെ ഉപാസിക്കുന്ന ഈ രണ്ട് വഴികളിൽ ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ള വഴി അതിന് അർജുനൻ തന്നെ പറഞ്ഞു സഗുണമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാവത്തിൽ അങ്ങയെ ആരാധിക്കുന്നതാണോ അതോ നിർഗുണമായിട്ടുള്ള അവ്യക്തം അക്ഷരം അചിന്ത്യം എന്നുള്ള ഭാവമുണ്ട് അതാണോ ഏതാണ് ശ്രേയസ്കരം അതിന് ഭഗവാൻ ആദ്യം കൊടുത്ത ഉത്തരം സഗുണമായിട്ട് തന്നെ പരമമായ ശ്രദ്ധയോടുകൂടി ആർ എന്നെ ഉപാസിക്കുന്നു അവർ എൻ്റെ അഭിപ്രായത്തിൽ ശ്രേഷ്ഠന്മാർ തന്നെ എന്നതാണ് ഇവിടെയാണ് നമ്മൾ എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളെയും ശ്രദ്ധയോടുകൂടിയാണ് എങ്കിൽ അതൊക്കെ ശ്രേയസ്കരം തന്നെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതും എന്താണ് ശ്രേയസ്കരമായിട്ടുള്ളതാണ് പൂർവന്മാർ നമുക്ക് എന്താ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അവർ തന്നിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിൽ തന്നെ പലതുമുണ്ട് ഈ കോഴി വെട്ടും അത്ര നമ്മുടെ മനസ്സിന് തൃപ്തിയല്ലാത്തതൊക്കെ ചിലതൊക്കെ നമുക്ക് സ്വീകരിക്കാം ചിലതൊക്കെ ഒഴിവാക്കാം ഈ കണ്ണൂർ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞ് ഈ തെയ്യം അങ്ങനെ ഉറഞ്ഞു തുള്ളി കോഴി എങ്ങനെ പിടിച്ചാലും ഒറ്റ കടിയാണ് ജീവനുള്ള കോഴി പച്ചക്കോഴി ഇപ്പോഴൊക്കെയാണെങ്കിൽ അത് എന്താ പനി പിടിച്ച കോഴിയാണെങ്കിൽ വളരെ ആലോചിക്കണം അല്ലേ ഈ കുട്ടികൾ ചോദിച്ചു ആച്ച കാൽപോൾ കഴിച്ചിട്ട് കോഴി അറച്ച് കഴിച്ചുകൂടെ കാരണം പനി അങ്ങോട്ട് മാറ്റിയാൽ പോരെ അല്ലെങ്കിൽ കോഴിക്ക് ഇത് കൊടുത്താൽ പോരെയെന്ന അപ്പൊ ഇനിയിപ്പോൾ അതും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് നമുക്ക് തോന്നുന്നു ഈ പക്ഷികളുടെയൊക്കെ അവരുടെയും ഒരു തപസ്സിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നത് അപ്പം ആരാ ഇത്തരത്തിലുള്ള ചിലത് നമ്മുടെ മനസ്സിന് ഹൃദ്യമല്ലാത്തതായിരിക്കാം പക്ഷെ നമ്മളതിനെ വിമർശിക്കാൻ പോണ്ടാന്ന് പറയൂ ചിലതുണ്ടാവും അവർ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാ എന്തെങ്കിലും ആവട്ടെ വിട്ടേക്കൂ നമുക്കത് അലോസരം സൃഷ്ടിക്കുന്നുവെങ്കിൽ നമ്മൾ ആ വഴിയിൽ പോട്ടെ ചില ആളുകൾക്ക് അങ്ങനെയാണ് ചില ക്ഷേ ചില ക്ഷേത്രങ്ങളുണ്ടാവും ആ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഉറഞ്ഞു തുള്ളലും ഇതുമൊക്കെ പേടിയാവും അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുക ഭഗവാൻ പറഞ്ഞത് ആ അതിൽ ശ്രദ്ധ ശ്രദ്ധയോടുകൂടി ആ രൂപാസിക്കുന്നു തുടർന്ന് എന്താ നിർഗുണ ഉപാസനയുടെ ലക്ഷണത്തെ ഭഗവാൻ നന്നായിട്ട് പറഞ്ഞു അവിടെ എന്തുണ്ടാവും എന്താ എന്താണ് ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യലാണ് മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത് എന്താണ് സകല ജീവജാലങ്ങളുടെയും സർവഭൂത ഹിതേരഥനായി സർവഭൂത ഹിതേരഥനാവണമെങ്കിൽ തന്നെ എല്ലാറ്റിലും കാണണം എന്ന് പറയാം ആ വിദ്യ ഈ അധ്യായത്തിന്റെ പ്രധാന വിഷയമാണ് സർവഭൂത ഹിതേരഥനായിട്ട് എന്താണ് ഇന്ന് ഭഗവാൻ നിർഗുണ ബ്രഹ്മത്തിന്റെ ലക്ഷണം ഇവിടെ പറഞ്ഞു എന്തൊക്കെയാണ് അനിർദ്ദേശ്യം അവ്യക്തം അചിന്ത്യം കൂടസ്ഥം അചലം ധ്രുവം സർവത്രകം അക്ഷരം ഇപ്രകാരത്തിൽ അതിനെ പര്യുപാസതേ ഉപാസിക്കുന്നത് അപ്പൊ ഇവിടെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ സ്വാമി അതെന്താ മനസ്സിലാവുന്നില്ലല്ലോ ഇവിടെ ഉപാസ ഉപാ പര്യുപാസതേ എന്നുള്ളതിൽ ഏതെങ്കിലും ഉപാസനയല്ല അതിൽ വർത്തിക്കുന്നത് ഈ ഭാവത്തിൽ ഈ അറിവിൽ വിരാജിക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും എന്തായി സഗുണമായി ഇങ്ങനെ തന്നെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു സംശയം വീണ്ടും വരും അപ്പൊ ഇവിടെ ഉപാസന തന്നെയാണല്ലോ അവിടെ ഉപാസന അപ്പൊ ഇത് സഗുണം തന്നെയല്ലേ അപ്പൊ ഇവിടെ പര്യുപാസത എന്ന് പറയുമ്പം ആ ഭാവത്തിൽ ആരാണ് എന്നെ അറിയുന്നത് അവർ തേ മാം ഏവ പ്രാപ്നുവന്തി അതുകൊണ്ട് ആ ഭഗവാൻ അങ്ങനെ പറഞ്ഞത് അവരെന്നെ തന്നെ പ്രാപിക്കുന്നു മറ്റേത് എന്നെ ഭജിക്കുക അല്ലെങ്കിൽ സേവിക്കുന്നു ഇത് എന്നെ പ്രാപിക്കുന്നു ഞാനും അവരും തമ്മിൽ ഭേദമില്ല എന്ന് പറയാം അപ്പം ഇത്തരത്തിലുള്ള ഉപാസന വളരെ എളുപ്പമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്നു അല്ല എന്തുകൊണ്ടെന്നാൽ അവർക്ക് ദേഹത്തിൽ അഭിമാനം തോന്നുന്നുവെങ്കിൽ ദേഹാഭിമാനം ഇത്തരത്തിലുള്ള ഉപാസനയ്ക്ക് ക്ലേശകരമായി ഭവിക്കും ക്ലേശോധിക ക്ലേശഹാ അധിക തരഹാ ദേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താ ഗതിഹി ദുഃഖം അവാപ്യത അതുകൊണ്ട് അവർക്ക് ദുഃഖം ഉണ്ടാകുന്നു ദുഃഖം എന്ന് പറഞ്ഞാൽ അതിനെ എളുപ്പം പ്രാപിക്കാൻ പറ്റാത്തതായിട്ട് നിലകൊള്ളുന്നു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 അപ്പൊ അവ്യക്താഗതി നിർഗ നിർഗുണ ഉപാസനാ മാർഗം നിർഗുണ ഉപാസനാ മാർഗം എന്ന് പറയുന്ന പ്രയോഗം തന്നെ ശരിക്ക് തെറ്റാം നിർഗുണത്തിൽ പിന്നെ ഉപാസനയൊന്നും ഇല്ല എന്നാലും ഭഗവാൻ അതിനെ തന്നെ ഒരു അതിന്റെ ആദ്യ ഭാവത്തെ പറയണം എന്താണ് ദേഹവദ്ബിഹി ദേഹവദ്ബിഹി എന്ന് പറഞ്ഞ ദേഹം ഉള്ളത് കൊണ്ട് സ്വാമി ദേഹത്തോ ഇതിനെ ഈ ശ്ലോകത്തെയൊക്കെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് ചില എന്താ പറയാ ഏർ ചില ഈ ഓരോരോ കാര്യങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി അതിന് കൂടുതൽ സമ്മതം കിട്ടാൻ വേണ്ടി പറയുന്നു അതായത് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ശരീരത്തോടു കൂടി ഇരിക്കെ നിർഗുണ ഉപാസന സാധ്യമല്ല എന്താണ് ദേഹവദ്ധിഹി എന്ന് പറഞ്ഞാൽ ദേഹത്തോടുകൂടി ഇരിക്കെ നിർഗുണോപാസന ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് സഗുണോപാസനയെ സാധ്യമാകൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിർഗുണം നിർഗുണം നിർഗുണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണമില്ലാതിരിക്കുന്നത് ശങ്കരാചാര്യ സ്വാമികൾ ആ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് ദേഹവദ്ബിഹി എന്നുള്ളതിന് ദേഹാഭിമാനവദ്ബിഹി എന്ന് പറഞ്ഞിരിക്കുന്നു ദേഹാഭിമാനം ഉള്ളവന് അഹം ശരീരം എന്ന ഭാവനയുള്ളവന് കഷ്ടപ്പാട് ദുഃഖം അവാപ്യത ഞാൻ ശരീരമാണ് എന്നറിഞ്ഞവൻ ഒരിക്കലും നിർഗുണ ഉപാസന സാധ്യമല്ല പിന്നെയോ ദേഹോ നാഹം കോഹം സോഹം ഇതാണ് ഭാവം ഇതാണ് ഭാവന അഹം ദേഹം നെയോ സഹ അഹം ഇതാണ് വേണ്ടത് അവിടേക്കാണ് അപ്പം നിർഗുണ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ മനോ ബുദ്ധി അഹങ്കാര ചിത്താഹം ന്രോത്രജിഹേ നഗ്രാണ നേത്രേ ന്യോമ ഭൂമിർ നേജോ നായു ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ഇതൊക്കെ ഒരു മൂലയിൽ പോയിരുന്ന് ഉറപ്പാക്കുക അസംഗോഹം അസംഗോഹം അസംഗോഹം പുനഃ പുനഃ സച്ചിതാനന്ദോഹം അഹമേവാഹമവ്യയ ഇത്യാദി കാര്യങ്ങളൊക്കെ പിന്നെ ഹസ്താമലകന്റെ സ്തോത്രം ഓർമ്മയില്ലേ ആരാണ് ഞാൻ ആരാണ് ഞാൻ ആരാണടോ നീ എന്ന് ചോദിച്ചുവല്ലോ ശങ്കരാചാര്യർ മോനെ നീ ആരാ എവിടുന്ന് വരുന്നു എന്താ നിന്റെ പേര് ഒന്നും എനിക്ക് മനസ്സിലായില്ലോ ഇത് നമ്മുടെ ഉള്ളിലെ ആചാര്യൻ നമ്മുടെ ഉള്ളിലൊരു ശങ്കരാചാര്യരുണ്ട് ആ ഉള്ളിലെ ആചാര്യൻ ചോദിക്കണം ഈ അടുത്ത് അതായത് ഒരു മഹാത്മാവ് ഗീതയെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവൻ എങ്ങനെയുള്ള കണ്ണ് കാണാത്തവൻ ബാഹ്യമായ പ്രജ്ഞ ഇല്ലാത്തവൻ ശരിയാണ് പക്ഷേ അന്ധപ്രജ്ഞ ഉണ്ട് എന്നാണ് ധൃതരാഷ്ട്രനെക്കുറിച്ച് ആ ആചാര്യം പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ധൃതരാഷ്ട്രയിൽ ചോദ്യമുണ്ടായില്ല ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക പാണ്ഡവ കിം അകുർവത സഞ്ജയ എന്ന് ചോദിച്ചുവല്ലോ അതെന്താണ് അന്വേഷണമാണ് എന്തു സംഭവിച്ചു എന്നത് ആന്തരിക ജ്ഞാനം ഇല്ലാത്തവനതും ചോദിക്കില്ല എന്ന ശരിയാണത് അപ്പം നമ്മിലെ അജ്ഞാനി നമ്മിലെ ധൃതരാഷ്ട്രം തന്നെ പുറ ഒന്ന് ചോദിക്കട്ടെ ഞാനാര് കസ്ത്വം കോഹം കുത ആയാത ഇത് ചിന്തയാ ഇതിനെ ചിന്തിക്കൂ ഹേ ഭ്രാത അല്ലയോ സഹോദര എന്ന നമുക്ക് ശരീരം ഞാനാണ് ശരീരം ഞാനാണ് എന്നതിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്നറിയോ ശരീരം ബ്രഹ്മാണെന്ന് അങ്ങോട്ട് അറിഞ്ഞ പോരേ സ്വാമി അതെ അതാണ് ഏറ്റവും നല്ലത് ആപ്യായുമങ്കാനി വാക് പ്രാണശ്ചക്ഷു ശ്രോത്ര മധോബലം ഇന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷതം മാഹം ബ്രഹ്മ നിരാകുര്യം ഇതൊക്കെ പഠിച്ചിട്ട് ആളുകൾക്ക് ചിലർക്ക് കൺഫ്യൂഷനാണ് ഇതെന്താ ശാന്തി മന്ത്രത്തിൽ സർവം ബ്രഹ്മ ഉപനിഷത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറയുന്നത് സർവം ബ്രഹ്മമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം ശരീരം നിലനിൽക്കുന്നില്ല ഉണ്ടോ ഇല്ല ഇതിപ്പോ ശരീരത്തെ ശരീരത്തിനേൽക്കുന്ന ഹാനി അല്ലെങ്കിൽ ശരീരത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും പ്രപഞ്ചം വേറെ ഞാൻ വേറെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ എന്നെക്കുറിച്ച് ആളുകൾ പറഞ്ഞു ദേശം കാലം ഇത്യാദി ഒരുപാട് സംഗതികളുണ്ട് അതിലൊന്നും നിർഗുണ ഉപാസന എന്നത് പെടില്ല ഇതാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് ക്ലേശ അധിക തര അതിന് ക്ലേശം കുറച്ചധികമാണ് അതുകൊണ്ട് ആരംഭത്തിന് ആരംഭത്തിൽ ഇത്തരത്തിലുള്ള കാര്യത്തിന് മുതിരണ്ട എന്നല്ല അറിയുക മനസ്സിലാക്കുക എന്താ മനസ്സിലാക്കേണ്ടത് ക്ലേശം ദേഹാഭിമാനം നിർഗുണമായ ഭഗവാന്റെ ഭാവത്തെ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് തടസ്സമാണ് അപ്പം സഗുണമായി നമുക്ക് തുടങ്ങാം ആദ്യം അതിൽ നോക്കാം എന്നിട്ട് അതിനെ എവിടെ അനുഭവപ്പെടുത്തണം ആദ്യം ഉള്ളിൽ തന്നെ ഉള്ളിൽ ഈശ്വരനെ അനുഭവപ്പെടുത്തിയാലേ പുറത്ത് ഈശ്വരനെ അനുഭവപ്പെടലൂ വേറെ എവിടെയും അനുഭവപ്പെടില്ല എന്ന് പറയൂ അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് കർമാണി മയി സന്യസ്യം ത ഉപാസത്തെ ഹം സമുധർ മൃത്യു സംസാരസാഗരാ സർവാണി കർമാണി മയി സന്യസ മത്പരാ അനന്യ യോന മാം ധ്യയത ഉപാസത്തെ േഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭമി നിരാ ഹേ പാർത്ത മൈ ആവേശിത ചേതസ അല്ലയോ അർജുന ഹേ പാർത്ത യേ സർവാണി കർമാണി മൈ സന്യസ്യ ഭഗവാൻ ഭക്തിയോഗത്തിന്റെ പ്രകൃതം തുടരുന്നു സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളെയും ഒന്നൊഴിയാതെ എന്നിൽ സമർപ്പിച്ച് സർവാണി കർമാണി മൈ സന്യസ്യ എങ്ങനെയാണ് ഭഗവാനിൽ കർമ്മങ്ങൾ സമർപ്പിക്കേണ്ടത് മൂന്നാം അധ്യായത്തിലും നാലാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലും ഒക്കെ പറഞ്ഞതാണ് സന്യാസത്തിൽ കർമ്മസന്യാസത്തിൽ ഇല്ലേ ഓർമ്മയുണ്ടാവും എന്ന് സ്വാമി വിചാരിക്കുകയാണെങ്കിൽ സ്വാമി സ്വാമിക്ക് തെറ്റി എന്നത് സ്വാമി പറയുക ഓർമ്മിപ്പിക്കാം ഇല്ലേ സ്വാമിജി പറയും എവിടെയാണോ കരചരണങ്ങൾ അവിടെ മനോബുദ്ധി ഉണ്ടായിരിക്കട്ടെ എന്ന് അതൊരു സമർപ്പണമാണ് സമർപ്പണത്തിൻ്റെ ഒരു രീതിയാണ് കരചരണങ്ങൾ ഉള്ളിടത്ത് മനോബുദ്ധികൾ ഇത് കരചരണം ഒരു സ്ഥലത്താണ് മനോബുദ്ധി വേറൊരിടത്തും അത് സമർപ്പണമില്ല അപ്പൊ പൂർണ്ണമായ എന്താ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക ഈശ്വരൻ ആ സർവ ഈശ്വരന്റെ സർവവ്യാപിത്വത്തെ ഈശ്വരന്റെ മലയാളത്തിൽ പറയുമല്ലോ കൊയ്മെന്ന് ഈശ്വരന്റെ ആ കൊയ്മയെ അംഗീകരിക്കുക ആദ്യം എന്നിട്ട് ഉടമസ്ഥതാബോധം കൈവടിയ ഇതാണ് സമർപ്പണം ഈശ്വരനെ വയ്ക്കുക എന്നെ വിട്ടേക്കുക ഇപ്പൊ അങ്ങനെയല്ല ഞാനാണ് ആദ്യം പിന്നെയാണ് ഈശ്വരൻ എന്ന് പറയുക അതുകൊണ്ട് സർവാണി കർമാണി മൈ സന്യസ്യ പിന്നെ ഞാനില്ല പിന്നെയോ ഭഗവാനാണുള്ളത് ഉപകരണം എന്ന് പറയും മത്പരാഹ എന്നെ പരമമായി എന്നെ ആശ്രയിച്ചിട്ടുള്ള നമ്മൾ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഭഗവാൻ ഈ പറയുമ്പം നമ്മൾ പറയുമല്ലോ ഈ പുരുഷന്മാരെക്കുറിച്ചും സ്ത്രീകളെ സ്ത്രീകളെ സംബന്ധിക്കുന്ന രണ്ട് ഒരു അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു കാര്യം പ്രധാനം ഇതാണ് അവർക്ക് ഈ സ്നേഹം പറയാൻ അറിയില്ല സ്നേഹമുണ്ട് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അവർ പറയില്ല ഇവർക്കാണെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം അവർ പറയും ഞങ്ങൾക്ക് ഉള്ളിലുണ്ട് സ്നേഹം എന്നാൽ നിങ്ങൾക്ക് എന്തൊന്നും പുറത്ത് കാണിച്ചുവിടെ എന്നിട്ട് ഈ മാനേജ്മെൻറ്റ് വിദഗ്ധന്മാർ പറയുന്നത് നിങ്ങൾ സ്നേഹം പുറത്ത് കാണിക്കണമെന്ന് പക്ഷേ അത് ബുദ്ധിമുട്ടാണെന്നാണ് സ്വാവി പറയണ കാണിക്കൊന്നും വേണ്ട എന്ന പക്ഷേ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഈ ടീ ടൈസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരാ ഒരു പദവി ഉണ്ട് ഇല്ലേ പലതരത്തിലുള്ള ചായ രുചിച്ചു നോക്കുന്നവർ അവരുടെ നാവ് വളരെ എന്താ പറയാ സജീ എന്താ സെൻസിറ്റീവ് ആയിരിക്കും അത്രയും അവർക്ക് എല്ലാം മണം കൊണ്ട് അവര് ഈ ഉപ്പും മുളകുമൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ ഈ പാചക വിദഗ്ധന്മാര് അതുപോലെയാണ് ഈ ചായ കുടിച്ച് നോക്കിട്ട് അവരങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അത് വെക്കുക അത് പാലൊഴിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല അതുപോലെ വൈൻ ടേസ്റ്റ് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഒരാൾക്ക് ഈ വൈൻറെ ഏറ്റവും പ്രത്യേകത അതിൻ്റെ പഴക്കമാണത്ര അത് മണ്ണിൻ്റെ അടിയിലൊക്കെ കുഴിച്ചുടോ എത്രയോ വർഷങ്ങളൊക്കെ കുഴിച്ചു അപ്പൊ ഒരാൾക്ക് ഒരാള് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കുറച്ച് ഭയങ്ക അയാളത് കഴിച്ചു അയാളൊന്നും പറഞ്ഞില്ല അപ്പൊ ഈ സുഹൃത്ത് വിചാരിച്ചു ഇയാളെന്താ ഇതിനെക്കുറിച്ച് ഒന്നും പറയാത്തത് കാരണം ഇങ്ങനെ സാധനം ഇതുവരെ ആർക്കും ഇതുവരെ ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആകെ മതിമറന്നൊക്കെ അവരൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹമാണ് ഇതിനെ പറയേണ്ട ഒരാള് അദ്ദേഹം ഇതിൻ്റെ അതോറിറ്റിയാണ് അയാളൊന്നും പറഞ്ഞില്ല പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു ഒരു രണ്ടാഴ്ച പഴക്കമുള്ള ഒന്നു കൊടുത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഗുഡ് തരക്കേടില്ല ഹൈ അതെന്താ ഇതങ്ങനെ ആദ്യത്തെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാത്തത് ആദ്യത്തെതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല അപ്പൊ ഇപ്പോഴുള്ള ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയാം ഇതിനെ ഒരു പ്രോത്സാഹിപ്പിക്കണം സ്നേഹത്തിൻ്റെ കാര്യത്തിലും ഇത് വേണമെങ്കിലും നമുക്ക് എടുക്കാമെന്ന് പറയും ഒരു പ്രോത്സാഹനം അപ്പൊ കർമ്മത്തിൽ ഇതിങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും പറയാനോ പ്രത്യേകിച്ച് ആ സ്നേഹമുണ്ടല്ലോ വളരെ ഒരാള് ഭർത്താവ് കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറിയ സമയത്ത് അല്ലെങ്കിൽ കയറുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ എന്താ റെഡി റെഡിയാണ് ഇറങ്ങി വരുമ്പോഴേക്കും ബാക്കിയുള്ളത് എല്ലാം കിറു കിറു കൃത്യമായിട്ട് പോകുന്ന സമയത്ത് ഇവർ പ്രതീക്ഷിക്കുന്നു ഈ അമ്മ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയണം ഗുഡ് താങ്ക്സ് എന്നൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും പക്ഷെ അറിയുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു ദിവസം പരീക്ഷിച്ചാൽ മതി എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് മാറ്റിവെച്ചാൽ മതി അപ്പം അവർ പറയും അവരപ്പം അസ്വസ്ഥരാകും നിങ്ങളുടെ ആ സ്നേഹം ആ അത് ശ്രദ്ധ കിട്ടാത്ത സമയത്ത് അല്ലേ അപ്പം അതിൽ നിന്നത് കിട്ടുന്നുണ്ട് അപ്പം ഇവിടെ ആ ഒരു എന്താ പറയുക സമർപ്പണം ആ ഭഗവാനിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉടനെ കിട്ടും എങ്ങനെ കിട്ടും സന്തോഷമായിട്ട് സമർപ്പണത്തിന്റെ ഒറ്റ ലക്ഷണം അത് മാത്രമേ ഉള്ളൂ ആനന്ദം ചെയ്യുന്ന സമയത്ത് ആ ആനന്ദമുണ്ടോ അതിനെയാണ് മത്പരാഹ എന്നെ ആശ്രയമായിട്ട് അനന്യേന മറ്റൊന്നിനെ വിഷയമാക്കാതെ മറ്റൊന്നിനെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ എന്ത് കിട്ടുന്ന ഇത് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും എന്ന ചിന്തയില്ലാതെ അനന്യേന യോഗേന യോഗത്തോടെ ചേർച്ച ചേർച്ചയാണ് ലക്ഷ്യം യോഗം ഭക്തി എന്നിവിടെ പറയാം യോഗത്തെ ചേർച്ചയെ ലക്ഷ്യമാക്കിയിട്ട് മാം ധ്യായന്തഹ എന്നെ ധ്യാനിക്കുന്നവരായി ധ്യാനം എന്ന് പറഞ്ഞാൽ ഇവിടെ വർത്തമാനം തന്നെയാണ് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നതിനർത്തമാനത്തിൽ ആരാണോ എന്താ വിഹരിക്കുന്നത് ആ പ്രസൻറ്റിലാരും നിലകൊള്ളുന്നു എന്ന് മാം ധ്യായന്തഹ ഉപാസതേ ആരാണ് അങ്ങനെ ഉപാസിക്കുന്നത് ഉപ സമീപേ ആസനം ഇരിക്കുക അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി ഒരു ഗ്ലാസ് ഒക്കെ ചായ കുടിക്കുന്ന സമയത്ത് അത് അത് നിങ്ങളിങ്ങനെ ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഒരു മുന്തിരി എടുത്തു കഴിഞ്ഞാൽ ആ കുറേ നേരം നോക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് വെട്ടുപിടിക്കും അങ്ങനെയല്ല പക്ഷേ അതിൻ്റെ ആ ഒരു സ്വാമിജി പറയും ഒരു പ്രാർത്ഥന ഉള്ളിലുണ്ടായിരിക്കട്ടെ എന്നാണ് എന്താണ് നിന്റെ മാധുര്യം ഞാനിതായി എടുക്കാൻ പോവുക പക്ഷേ നീ വിഷമിക്കേണ്ട നീ എ ഇല്ലാതെയാവില്ല വാക്കായി ഞാൻ സഹചർക്ക് കൊടുക്കാം എന്ന് അതിനൊരു പ്രേമപൂർ എന്താ ഒരു സമീപനമാണത് ഒരു പ്രേമപൂർവമായിട്ടുള്ള സമീപന നീ ഇല്ലാതെയാവില്ല പക്ഷേ നിന്നെ ഞാൻ എൻ്റെ വാക്കുകളിൽ ആവിർഭവി എന്താ വാക്കുകളിൽ ആവിഷ്കരിക്കും എന്നിട്ട് ഞാൻ എൻ്റെ സഹജരോട് എൻ്റെ ചുറ്റുള്ളവനോട് മധുര ഭാഷണം എന്ന് പറയുക അതുകൊണ്ട് എൻ്റെ വാക്കുകളായി നീ പുറത്തേക്ക് വരുന്നു ഇത് ബാബു എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ എന്താണ് ഉപാസന സമീപത്തിരിക്കൽ ഉപാസ ഉപാസത സമീപത്താരിരിക്കുന്നു മൈ എന്നിൽ ആവേശിത ചേതസ എന്നിൽ മനസ്സ് ചേർന്നിട്ടുള്ള പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ തേഷാം അഹം ന ചിരാ തേഷാം അവർക്ക് അഹം ഞാൻ ന ചിരാത് ഒട്ടും വൈകാതെ ചിരാത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരാതല്ല മൺ ചിരാത് ചിരാ എന്ന് പറഞ്ഞാൽ ന ചിരാത് ഒട്ടും വൈകാതെ മൃത്യു സംസാര സാഗരാത് മരണമാകുന്ന സാഗരത്തിൽ നിന്ന് സമുദ്ധർത്ത ഭമി അഹം സമുദ്ധർത്ത ഭമി ഞാൻ അതിൻ്റെ സമുദ്ധാരകനായി അതിനെ ഉദ്ധരിക്കുന്നതിനായി ഞാൻ ഭവിക്കുന്നു മരണത്തിൽ നിന്ന് ഞാൻ അവനെ എന്താ കരകായിട്ട് നക്തി അമൃതമാണ് ഭഗവാൻ ഈ അധ്യായത്തിന്റെ അവസാനം പറയുന്നതും അതാണ് അമൃതം എന്ന് തുടർന്ന് ഇത് ചെറിയൊരു അധ്യായമാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ഭക്തി നമുക്ക് നാളെ അതിനെ പരിചയപ്പെടാം വരുന്ന ദിവസത്തിൽ സർവാണി കർമാണി മൈ സന്യസ്യ മത്പരാഹ അനന്യേന ഏവ യോഗേന മാം ധ്യായന്ത സർവകർമ്മങ്ങളെയും ഭഗവാനിൽ സമർപ്പിക്കാൻ പറഞ്ഞു എന്നിട്ടോ എന്നെ തന്നെ ഞാനാകട്ടെ ലക്ഷ്യം എന്നിട്ടോ ആരാണോ അങ്ങനെ ധ്യാനിക്കുന്നവർ ഉപാസിക്കുന്നത് അവർ എന്നിൽ തന്നെ ചേർന്ന മനസ്സോടുകൂടിയിട്ട് അവർക്ക് ഞാൻ ഒട്ടും വൈകാതെ അവരുടെ ഉദാഹരണത്തിനായിട്ട് എന്താണ് ഇവിടെ ഉദാഹരണം മൃത്യു സംസാര സാഗരാ മൃത്യുവിൽ നിന്ന് അവരെ താരണം ചെയ്യിക്കാൻ വേണ്ടി ഞാൻ സമുദ്ധർത്ത ഭമി ഞാൻ അതിൻ്റെ സമുദ്ധാരകനായി ഭവിക്കുന്നു ഇതുവരെയാണ് നമ്മള് ചർച്ച ചെയ്തത് വരുന്ന ശ്ലോകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അത ഊർദ്ധ്വം സംശയ മൈ ഏവ മന ആദത്സവ മൈ ബുദ്ധിം നിവേശയ നിവസിഷ്യസി മൈ ഏവ അത ഊർധ്വം ന സംശയ മൈ ഏവ മന മൈ എന്ന് പറഞ്ഞ പരമാത്മ സ്വരൂപമായിട്ടുള്ള മൈ എന്നിൽ തന്നെ മന മനസ്സിനെ ആദത്സവ നീ ഉറപ്പിക്കൂ മനസ്സിനെ ആവേശിപ്പിക്കൂ പറയുക മനസ്സിനെ വയ്ക്കുക അതുപോലെ തന്നെ മൈ ബുദ്ധിം നിവേശയാ ബുദ്ധിയേയും എന്നിൽ തന്നെ വയ്ക്കും പിറകിലേക്ക് നോക്കുക മനസ്സും ബുദ്ധിയും ഇവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വിജയമാണ് എന്ന് പറയുക ഇത് മനസ്സൊരു വഴിക്ക് പോകും ബുദ്ധി വേറെ വഴിക്ക് വേറൊരു വഴിക്ക് പോകുന്നു അതാണ് ഗണപതിയുടെ രണ്ട് കാല ഒന്ന് മനസ്സും ഒന്ന് ബുദ്ധിയുമാണ് അത്ര ഒന്നൊന്നിനെ ചേർത്ത് വെച്ചിരിക്കണം അപ്പം മനസ്സ് ബുദ്ധി രണ്ടും മനസ്സ് എന്ന് പറഞ്ഞാൽ ചഞ്ചലാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മിക ഒന്ന് എപ്പോഴും സംശയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒന്ന് നിശ്ചയിച്ചുറപ്പിച്ചു തരുന്നു അപ്പൊ ഇത് രണ്ടും രണ്ടാണോ അല്ല എന്ന് പറയാ മനസ്സ് എപ്പോഴാണോ നിശ്ചയത്തിലേക്ക് വരുന്നത് ചാഞ്ചല്യം ഇളകുന്ന സമയത്ത് പിന്നെ അവിടെ മനസ്സിന് നിലനിൽപ്പില്ല പിന്നെ ബുദ്ധിയേ ഉള്ളൂ അപ്പൊ നീ എന്നിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനേ ഉള്ളൂ എന്തില്ലെങ്കിലൊന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം മൈ ബുദ്ധി മനഹ ബുദ്ധിയും ആവേശിക്കെയും ബുദ്ധിയെയും ആദത്സ്വ ഉറപ്പിക്കൂ ഇതിനെ ഒന്ന് ഒന്ന് എന്താ വിചാരം ചെയ്യാൻ ശ്രമിക്കാം എങ്ങനെയാണ് മനസ്സിനെ അല്ലെങ്കിൽ ബുദ്ധിയെ ഭഗവാനിൽ ഉറപ്പിക്കുക ഇപ്പൊ നമ്മള് ലോകത്തെ കാണും മുൻപ് സൂചിപ്പിച്ച ഒരാശയാണ് എന്നാലും ഈ സന്ദർഭത്തിൽ ഒന്നുകൂടെ മനനം ചെയ്യാം നമുക്ക് ഈ വിശ്വത്തെ ഈ വിശ്വത്തിലെ ഓരോന്നിനെയും രണ്ട് പ്രകാരത്തിൽ നോക്കിക്കാണാം ഏത് രീതിയിൽ രണ്ട് രീതിയിൽ ഒന്ന് ഞാനോടുകൂടി ഞാൻ ചേർത്ത് ഞാൻ എന്ന അഹംഭാവത്തോടുകൂടി അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടിയിട്ട് പിന്നെയോ ഞാനില്ലാതെ ഈ ഞാനോടുകൂടി കാണുന്ന ഞാനോട് ചേർത്ത് ഈ വിശ്വത്തെ കാണുമ്പം വിശ്വം അപൂർണമാണ് എന്നെ സംബന്ധിച്ച് എൻ എല്ലാ കാഴ്ച അവിടെയാണ് ദ്വൈതം ഉണ്ടാകുന്നത് ദ്വൈത ആചരണം എന്നുള്ളത് ഈ കാഴ്ചപ്പാടിലാണ് ഇപ്പൊ നിങ്ങൾ ഭാഗവതത്തിൽ പ്രഹ്ലാദൻ ഈ ഒരു സത്യം പറയുന്നുണ്ട് ആരോട് അച്ഛനോട് തന്നെ എവിടെ നിൻ്റെ നാരായണൻ ചോദിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഉണ്ട് പ്രഹ്ലാദൻ ഇന്നിടത്ത് അപ്പൊ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആ തുണിലുണ്ട് ഒരിക്കലൊരു പ്രഹ്ലാദൻ പറഞ്ഞു അത്ര ഈ തൂണിലില്ല അച്ഛന്ന് അത് നാടകത്തിലായിരുന്നു അച്ഛനെ അടിക്കാൻ പോയപ്പോ കാരണം ആ തൂണിലായിരുന്നില്ല നരസിംഹം ഒളിച്ചിരുന്നത് വേറൊരു തൂണില്ല അതെ അങ്ങനെ പ്രഹ്ലാദനെ സംബന്ധിക്കുന്ന ഒരുപാട് തമാശകളുണ്ട് പക്ഷേ ഭാഗവതത്തിൽ പ്രഹ്ലാദൻ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല അപ്പൊ പ്രഹ്ലാദൻ പറയുന്ന സമയത്ത് പ്രഹ്ലാദൻ ഞാനില്ലാതെയാണ് കാണുന്നത് പ്രഹ്ലാദൻ നാരായണനെ മാത്രമേ കാണുന്നു അതുകൊണ്ട് നാരായണ ആവിർഭവിച്ചേ മതിയാകും പിന്നെ നാരായണന്റെ ഉത്തരവാദിത്വമാണത് പ്രഹ്ലാദൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറയാം പിന്നെ ഏതൊക്കെ വരെ എടുത്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ പ്രകാരത്തിൽ എടുത്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ലൂപ്പ് ഹോള് ഭഗവാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാനോടുകൂടി ഞാനില്ലാതെ ഇതിൽ ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം ഇന്ന് പല ഗവേഷണങ്ങളും നടക്കുന്നു നിങ്ങൾ ഈ ഗവേഷണങ്ങളൊക്കെ ഒന്ന് വല്ല ഗവേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരുന്ന പാശ്ചാത്യർ അവരാണ് നമ്മുടെ ജലം നമ്മുടെ വെള്ളം അതുപോലെ നമ്മുടെ ഇവിടുത്തെ വായു ഇവിടെ ഉള്ള പലതും നമുക്ക് വൃത്തി ഇല്ലയെന്ന് പറഞ്ഞത് വേണ്ടത്ര വൃത്തി ഇല്ലയെന്ന് പറഞ്ഞത് അവരാണ് കാരണം അവർ നോക്കുന്ന സമയത്ത് ഒരു കുളത്തിൽ ഒരു പുഴയിൽ പശുവിനെ കുളിപ്പിക്കുന്നു അതിൻ്റെ ഇപ്പുറത്ത് കുട്ടികൾ ചാടി കുളിക്കണു വെള്ളം ചെറിയ കുട്ടിയൊക്കെ വെള്ളം അങ്ങനെ കുടിക്കണു നീന്തും പഠിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് പോത്താണ് എന്താ പറയുക പോത്തിനെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കണു എല്ലാ പരിപാടികളും നടക്കുന്നു നോക്കുമ്പോഴോ ഇവർക്കൊന്നും ഒരു കുഴപ്പവും നല്ല ആരോഗ്യവാന്മാർ എന്നാൽ അവിടെ ഉള്ളവർക്ക് ഇത് സാധിക്കുമോ അവരെന്തെങ്കിലും ഒരു വെള്ളം അറിയാതെ കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം അവതാണ് അവർക്ക് മറ്റ് പല അസുഖങ്ങളും വരുന്നു വയറിന് അസുഖം വരുന്നു ഇങ്ങനെ പലതും വരുന്നു അപ്പം വിദേശത്തൊക്കെ ഉള്ള നിങ്ങൾ ഇന്ത്യയെ സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ അവർക്കൊന്ന് വായിക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് വിദേശികൾക്കുള്ള നിർദ്ദേശങ്ങൾ അതിലവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എത്ര എത്ര കരുതൽ വേണം അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് നിങ്ങൾ കഴിക്കരുത് അതുകൊണ്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഇത്യാദി കാര്യങ്ങളിലൊക്കെ നിറയെ പകർച്ചവ്യാധികളാണ് അത്ര ഇവിടെ നോക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യ ലോക ജനസംഖ്യ എന്താ പറയുക ജനസംഖ്യയിൽ നമ്മുടെ ജനസംഖ്യ എത്രയാണ് ഈ ഇത്രയും മനുഷ്യന്മാരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ശക്തി വിശേഷമുണ്ടല്ലോ വലിയൊരു അത്ഭുതാണത് ഇവിടുത്തെ ഒക്കെ ഗവൺമെൻറ് ആശുപത്രി ലോക്കൽ വാർഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ലേ പത്രത്തിൽ ചില പ്രസിദ്ധമായ ചില വാർഡുകളുണ്ടല്ലോ അല്ലേ ആശുപത്രി അതും ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിതേൽക്കാത്തത് എന്നാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇത് അശുദ്ധമാണ് എന്ന ചിന്തയില്ല എന്നാ വലിയൊരു ബലമാണത് കാരണം ഞാൻ കുടിക്കുന്ന വെള്ളത്തിലോ പണ്ടൊക്കെ നിങ്ങൾക്കറിയാലോ ഒരു പതിനഞ്ച് വർഷം മുൻപൊന്നും നമ്മൾ ഈ ബിസിലേരി വെള്ളം അല്ലെങ്കിൽ ഈ ബോട്ടൽ മിനറൽ വെള്ളം കൊണ്ട് നടന്നവരായിരുന്നില്ല വളരെ അപൂർവം ആളുകൾ ഒരു കുപ്പിയിലൊക്കെ ഒരു കരിങ്ങാലി വെള്ളമൊക്കെ കാച്ചി അതങ്ങനെ വലിയ കാര്യത്തിലൊക്കെ എടുത്ത് കുടിക്കുമ്പം അതുതന്നെ വലിയൊരു അന്തസ്സായിരുന്നു അല്ലേ ട്രെയിനിൽ പോലും നമുക്കൊക്കെ ഓർമ്മയുണ്ട് ട്രെയിനിലെ ആ ബാത്റൂമിൻ്റെ അകത്തുനിന്ന് കുടിക്കില്ലാന്നേ പുറത്ത് കുടിച്ചുകൊണ്ടിരുന്നു ഇന്നോ ഇന്ന് അങ്ങനെ പൊതു ടാപ്പിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടോ ആരും കുടിക്കില്ല അപ്പം നമ്മുടെ തീർത്ഥ ഈ സ്നാനഘട്ടങ്ങളൊക്കെ തന്നെ പമ്പയാവട്ടെ ഇതുപോലുള്ള മറ്റു പലതും അതിലൊക്കെ പോയി സ്നാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് നമ്മൾ മനസ്സിലാദ്യം പ്രതിഷ്ഠിക്കുന്നുണ്ട് ഇതെന്താണ് ഇത് പരിശുദ്ധമാണ് ഭാരതീയം കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ദിവ്യത അത് വലിയൊരു എന്താ പറയുക നമ്മുടെ ഈ ഇത്തരത്തിലുള്ള എല്ലാറ്റിനെയും അകറ്റാൻ പോകുന്നതാണ് നമ്മളത് പരിശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് സ്വാമി ഒരു പഠനം വായിക്കുകയായിരുന്നു ഇന്ന് അതിൽ കൊടുത്തിരിക്കുന്നത് അറുപതുകളിൽ ഗവേഷണങ്ങളൊക്കെ വളരെ പണ്ട് നടന്നിട്ടുണ്ട് അറുപതുകളിൽ വിദേശത്തു നിന്നൊരു ഗ്രൂപ്പ് ആളുകൾ വന്നിട്ട് ഇവിടുത്തെ കനലാട്ടത്തെ കേരളത്തിൽ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി സംഭവം കനലാട്ടത്തിൻ്റെ കനലിൻ്റെ മുകളിലൂടെ നടക്കുന്ന ആളുകളെ ഇവർ നോക്കിയിട്ട് അവർക്ക് കാലൊന്നും പൊള്ളുന്നില്ല ഏ എന്നിട്ട് ഒരു സായിപ്പ് നടന്നു നോക്കിയപ്പോൾ ആകെ പ്രശ്നമായി അവിടെ കാലും മുഴുവൻ പൊള്ളി ആ കാലും ഇത്ര ആളുകൾ നടക്കുന്നുവെങ്കിൽ എനിക്കും എന്തുകൊണ്ട് നടന്നൂട അപ്പൊ ഇവരോട് ചോദിച്ചു ആരാണ് എന്താണ് അപ്പൊ അവർ പറയണത് അവർക്കൊരു സമർപ്പണമുണ്ട് തൊട്ട് മുമ്പായിട്ട് ഈ അഗ്നി തങ്ങളെ പൊള്ളിക്കില്ല ഈ തങ്ങളെ കാക്കുന്നത് അവിടുത്തെ ഒരു ദേവനായിരിക്കും അതേത് ദേവനാണോ അത് അത് ചിലപ്പോൾ കുട്ടിച്ചാത്തനായിരിക്കാം അല്ലെങ്കിൽ ശിവനായിരിക്കാം അയ്യപ്പനായിരിക്കാം എന്തോ ആയിരിക്കാം ഈ തൂക്കത്തിൽ സംഭവിക്കുന്നത് അതാണ് ഇതൊന്നും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഭക്തി എന്ന് അതല്ല സ്വാമി പറയുന്നത് മനസ്സിൻ്റെ ആ ഒരു എന്താ കൽപ്പനയുണ്ടല്ലോ അപ്പം അതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ഇവർ നടത്തിയത് ഇതാണ് അപ്പം പിന്നെ അവർ നോക്കി ശ്രമം നടത്തി പിന്നെ അതിൽ ഗവേഷണങ്ങളൊക്കെ നടത്തി അപ്പം അവരിപ്പം സ്ഥിരീകരിച്ചിരിക്കുന്നു അന്ന് തന്നെ എന്താണോ മനസ്സ് ഒന്നിൽ സമർപ്പിക്കുകയാണെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണത്തിലേക്ക് വരുമ്പം ശരീരത്തിൽ നിന്ന് ശരീരം പിന്നെ ശരീരത്തിന് ഇത്യാദി എന്താ ഈ പൊള്ളൽ ഇത്യാദി വികാരങ്ങളൊന്നും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോവെന്ന് പറഞ്ഞത് ഇപ്പം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പൊ മനസ്സിനെയും ബുദ്ധിയേയും എന്നിൽ സമർപ്പിക്കാൻ പറയുമ്പോൾ ഞാൻ പൂർണനാണ് എന്നിൽ അപൂർണത ഇല്ല നമുക്ക് ഈ അപൂർണത ഭാവമാണ് വെള്ളം കുടിക്കുന്നതിന് മുമ്പേ എനിക്കിത് വയറ്റുനോക്ക് പിടിക്കുന്ന തോന്നണത് പിന്നെ പിടിച്ചു കഴിഞ്ഞു പിന്നെ പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എനിക്ക് എന്തെങ്കിലും വരുവോ ഓ ഇവിടെ കടന്നാൽ ഞാൻ ശ്വാസം പൊട്ടിച്ചാവുന്നേ തോന്നുള്ളൂ എന്നി ഇന്ന് ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല ഈ മുറിയിൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ ഒരു കൊതുണ്ടെങ്കിൽ മതി ഒരു കൊതു മതി എന്റെ ഉറക്കം കളയാം പിന്നെ കൊതു ഇല്ലെങ്കിലും നമ്മൾ കൊതുവിനെ സൃഷ്ടിക്കും അപ്പൊ ഭഗവാൻ ഇവിടെ മൈ മന ബുദ്ധിം ആദത്സ്വ എന്ന് പറയുമ്പം പൂർണ്ണതയിലേക്ക് ആയിരിക്കട്ടെ നമ്മുടെ മനോബുദ്ധികളുടെ സമർപ്പണം അപ്പൊ എനിക്ക് എന്നോടുകൂടിയിട്ടും ഞാനില്ലാതെയും ഈ ലോകത്തെ കാണാം അപ്പൊ ഞാനില്ലാതെ കാണുന്നത് എന്താണ് ലോകം മാത്രമാണ് അവിടെ നാരായണനാണ് യാതൊന്ന് കാണുമതത് എപ്പോഴാണത് ഇങ്ങനെ കാണുമ്പം അല്ലാതെ ഞാനിങ്ങനെ കാണുന്നതല്ല അപ്പൊ ഞാൻ കാണുന്നത് മുഴുവൻ നാരായണ പ്രതിമയാണെന്ന് പറയും ഞാനെ മൈനസ് ചെയ്താൽ ഞാനെ അവിടുന്ന് ഡിലീറ്റ് ചെയ്യണം എന്ന് പറയാം അപ്പൊ ഞാനോടുകൂടി ഞാനില്ലാതെ അതിനെ ഭഗവാൻ ഇവിടെ മൈ ആദത്സ്വ എന്നിൽ സമർപ്പിക്കൂ ബുദ്ധിം നിവേശയാ ബുദ്ധിയെയും നീ നിവേശിപ്പിക്കൂ എന്നിട്ടോ അതഹ അനന്തരം ഇത് ചെയ്തത് ചെയ്ത ഇത് ഈ ഇത്തരത്തിൽ ഉള്ള ബുദ്ധിയുടെ സന്നിവേശിപ്പിക്കൽ തുടർന്ന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് എന്താ പറയുക ഊർധ്വം ഊർദ്ധം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് അല്ലെങ്കിൽ നിൻ്റെ പ്രയാണത്തിൽ മൈ ഏവ നിവസിഷ്യസി എന്നിൽ തന്നെ ചേർന്ന് നിൽക്കും ന സംശയ ഈ വിഷയത്തിൽ അർജുന സംശയിക്കേണ്ടതില്ല നമ്മുടെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റേണ്ടതുണ്ട് എന്ന് പറയും അപ്പൊ കാഴ്ചപ്പാട് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ മനോ കാഴ്ചപ്പാടിൽ എന്താ ഇവിടെ പറയുന്നത് മനോബുദ്ധികളെ ഒന്ന് സന്നിവേശിപ്പിക്കരുത് ഇപ്പൊ മനോബുദ്ധികളെ നമുക്ക് വേണ്ടത്ര സന്നിവേശിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിലിപ്പോ എന്താ ചെയ്യാം ഭഗവാൻ വഴി കുറേ പറഞ്ഞു തരുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒരു സൗകര്യം എന്താന്ന് പറഞ്ഞാ ഒന്നും പറ്റില്ലെങ്കിൽ വേറൊന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ എന്താ കഴിയുന്നു അധ ചിത്തം സമാധാത്തും അധ ചിത്തം സമാധാതും നശക്നോഷി മൈ സ്ഥിരം അഭ്യാസയോഗേന തത മാം ആ ധനഞ്ജയ ഹേ ധനഞ്ജയ അല്ലയോ അർജുന അത ഇനിയും ചിത്തം മൈ സ്ഥിരം സമാധാതും ന ശക്നോഷി നിന്റെ മനസ്സിനെ എന്നില് സ്ഥിരം സമാധാതും സ്ഥിരമായി ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല ന ശക്നോഷി നീ എങ്കിൽ പിന്നെന്താ വഴി അഭ്യാസയോഗേന അഭ്യാസയോഗമുണ്ട് അഭ്യാസയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് ജിമ്മിൽ പോവലാണോന്ന് ചോദിച്ചാൽ അല്ലെന്ന് നമ്മൾ അഭ്യാസം ഒന്ന് കേട്ടിട്ടുണ്ടല്ലേ രാവിലെ തന്നെ എണ്ണയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയാ ഒരു അലസനായിട്ടിരിക്കുന്ന ഒരുവനെ അവനെ ഒന്ന് ഉണർത്താൻ വേണ്ടി ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് അവനോട് പറഞ്ഞു ജിമ്മ് പോയിക്കോളാൻ അപ്പം അവനും വിചാരിച്ചൊന്ന് ജിമ്മിൽ പോയാൽ ആക്റ്റീവ് ആകുമെന്നും അവിടെ പോയിട്ട് എന്തോ ഒരു കട്ട എടുത്ത് പൊക്കിയതാണ് അതോടുകൂടി ആളുടെ എന്തോ ഒന്ന് പോയി പിന്നെ ഡോക്ടർ പറഞ്ഞു ആറുമാസം അനങ്ങരുതെന്ന് അവന് വലിയ സന്തോഷമായി അതെ ആറു മാസം അനങ്ങണ്ടല്ലോ ആക്റ്റീവ് ആകാൻ പോയതാളാണ് അപ്പം അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശീലനം േന ആവർത്തിച്ചുള്ള പരിശീലനം കൊണ്ട് മാം ആപ്തും ഇച്ഛ എന്നെ പ്രാപിക്കാൻ നീ ആഗ്രഹിക്കൂ അതുകൊണ്ടൊരു പരാജയം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നീ വിഷമിക്കരുത് ഉടനെ അയ്യോ എനിക്ക് നടക്കും തോന്നില്ല അങ്ങനെ നീ ചിന്തിക്കാതിരിക്കൂ പിന്നെയോ വീണ്ടും ആവർത്തിച്ച് പരിശീലിക്കാൻ തയ്യാറാക്കൂ മനോബുദ്ധികൾ വീണ്ടും പ്രപഞ്ചത്തെ കാണുന്ന സമയത്ത് ഓരോന്നിന് നോക്കുന്ന സമയത്ത് ഞാനോടുകൂടി തന്നെ ഞാൻ വീണ്ടും കാണുന്നുവെങ്കിൽ ഞാനെ മാറ്റിയിട്ട് ഈ വിഷ്ം മുഴുവൻ ഞാനാണെന്ന് ആര് ഭഗവാനാണെന്ന് കാണാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നീ പരിശീലിക്കൂ ആവർത്തിച്ച് ആവർത്തിച്ച് പരിശീലിക്കൂ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പരിശീലിക്കുന്ന കാര്യം നീ പരിശീലിക്കൂ എന്നാൽ നിനക്കെന്നെ പ്രാപിക്കാം ഭഗവാനെ ഓ ഇതും നടക്കും എന്ന് തോന്നണില്ല വേറെ എന്തെങ്കിലും അങ്ങേക്ക് പറയാനുണ്ടോ ഈ ആവർത്തിച്ചുള്ള പരിശീലനമുണ്ടോ സ്വാമി അതും നടക്കില്ല ശരി വിട്ടേക്കൂ വേറെ എന്തെങ്കിലും പറ്റുമോ നോക്കാം ഭഗവാൻ പറയണു ഇതും ശരിയാവുന്നില്ല നിനക്ക് ഞാൻ വേറെ പറഞ്ഞുതരാം അഭ്യാസേ അതി അസമർ അത് കർമ്മ പരമർം അതി കർമ്മ കൂടൻ സിദ്ധിം അവാ അഭ്യാസ അസമർത്ഥ അസി അഭ്യാസത്തിൽ നി സമർത്ഥന അല്ല എങ്കിൽ അത് നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നീ ഒരു കാര്യം ചെയ്യൂ മത്കർമ്മ പരമ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനായി തീരൂ അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മം ഈ കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ നാലാം അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് മൂന്ന് മൂന്ന് മുതൽ ജ്ഞാന കർ കർമ്മത്തെയും അതിൻ്റെ ജ്ഞാന അതിൻ്റെ അതിൽ എന്താ അതിൻ്റെ ആ അറിവിനെയും പിന്നെ ആ അറിവിൽ ആ അറിവ് ഉൾക്കൊണ്ട് കർമ്മം ചെയ്യുന്നതും എന്നിട്ട് ഈ കർമ്മത്തിൽ നിന്നൊക്കെ എന്താ വിടുതലും അതായത് പ്രവൃത്തിയും നിവൃത്തിയും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് ഈ കർമ്മങ്ങൾ കർമ്മത്തെ പല പ്രകാരത്തിൽ നമുക്ക് കാണാമെന്ന് പറയാം നമുക്ക് മനസ്സിലാവില്ല എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനാകൂ എന്ന് പറയുമ്പം കർമ്മം ചെയ്യാനുള്ള സാധ്യതകൾ അത്തരത്തിലാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം നമ്മളെയൊക്കെ അങ്ങനെയാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ സാധ്യതകൾ ഉള്ളിലുണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നഹി കശ്യ ക്ഷണമഭി ജാതു തിഷ്ടത്യ കർമ്മകൃത് എന്ന് അപ്പം കർമ്മം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഇരിക്കെ അത് ചെയ്യാത്തവനാകുക എന്ന് പറയുമ്പം അത് അവൻ്റെ അഹങ്കാരമാണ് അവനെ കൊണ്ട് അത് ചെയ്യിക്കാത്തത് അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനാകൂ എന്ന് നീ ആ നിന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയ്ക്കായിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യൂ അർജുന അത് നിനക്കൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് പറയാം കാരണം എന്താണെന്നറിയാം നീ ഇപ്പം ഈ വില്ല് അമ്പുവില്ലൊക്കെ താഴെ വെച്ചിട്ടുണ്ട് ഞാനൊന്നും താഴെ ഇറക്കി വെച്ചിട്ടില്ല നീ അത് എടുക്കൂ അർജുനത് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഉപരത് താഴെ വെച്ചിരിക്കുക ഭഗവാൻ ഒന്നും താഴേക്ക് ഇട്ടിട്ടില്ല മനസ്സിലാവുന്നില്ലേ ഭഗവാനെ സംബന്ധിച്ച് ഒന്ന് വലിച്ചാൽ മതി അപ്പ കുതിര ഇളവ് എന്ന് പറയാം അപ്പൊ അർജുനന് വേണ്ടി ഒന്നിങ്ങനെ പിടിച്ച് നിർത്തിയതാ അർജുനന് അങ്ങനെയല്ല അർജുന ഇതൊക്കെ ഇനി കെട്ടിപ്പോക്കി വെക്കണം തൽക്കാലം തന്റെ അഹങ്കാരമാണ് അത് താഴെ വെപ്പിച്ചത് അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എടുക്കൂ അത് നീ വെച്ചതേ അജ്ഞാനം ഇനി എടുക്കാതിരിക്കുന്നതും അജ്ഞാനം അതുകൊണ്ട് തയ്യാറാകും അഭ്യാസ അസമർത്ഥ അസി മത് കർമ്മ പരമഭവ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനായി തീരുക അങ്ങനെയാണെങ്കിലോ മതർത്ഥം മതർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി കർമാണിക്കുർവൻ അപി കർമ്മങ്ങളെ ചെയ്യുന്നവനായാൽ പോലും ത്വം സിദ്ധിം അവാപ്സ്യസി നിനക്ക് കിട്ടുന്നത് പരമമായ സിദ്ധിയെയാണ് ഈ ആശയം അതായത് ഭഗവാൻ അല്ല അർജുനൻ ആറാം അധ്യായത്തിൽ ഭഗവാനോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണത് ചോദിച്ചത് എന്നാണെങ്കിൽ ആറാം അധ്യായം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഗീതയിൽ ആറാം അധ്യായത്തിൽ ഒരു മുപ്പത്തിനാലും മുപ്പത്തഞ്ചും ശ്ലോകങ്ങൾ എന്താണ് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തിനാലില് അർജുനൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ മനസ്സ് ചഞ്ചലമാണ് ഒന്ന് പിറകിലേക്ക് വരുന്നത് നല്ലതാട്ടോ ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാതി ബലവദൃഢം തസ്യഹം നിഗ്രഹം മഞ്ഞ് വായോരിവ സുദുഷ്കരം എന്റെ പാടച്ച തമ്പുരാനെ ഇത് വായുവിനെ പോലെ ദുഷ്കരമാണ് അങ് ഇതിനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് പണ്ടേ മൂപ്പര് പറഞ്ഞിട്ടുള്ളതാ ഹരി അർജുന ഉം അങ് ഇതൊക്കെ നിഗ്രഹിക്കാനും അതും ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് വായുവിനെ പോലെ ദുഷ്കരമാണ് മാത്രമല്ല ചഞ്ചലം ഹി ഭഗവാൻ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അങ്ങനെ ഇളകുന്ന ഒരു സാധനത്തിന് അങ്ങ് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ എങ്ങനെയാ അതിനാണ് ഭഗവാൻ ഉത്തരം കൊടുത്തത് എന്താ ഭഗവാൻ ഉത്തരം കൊടുത്തത് അസംശയം മഹാബാഹു അർജുന നീ പറഞ്ഞതിൽ ഒരു സംശയവും വേണ്ട പക്ഷേ മനോ ദുർനിഗ്രഹം ചലം മനസ്സ് നിഗ്രഹിക്കുക എന്നുള്ളത് ഒരു പ്രയാസമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടിയിട്ട് അഭ്യാസേനതു കൗന്തേയ ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അഭ്യാസം എന്നത് ഓർമ്മ ഓർമ്മ അതെ അഭ്യാസം കൊണ്ട് അതുപോലെ വൈരാഗ്യേണ ഗൃഹ്യത അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഇത് സാധിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അഭ്യാസം കൊണ്ട് അതുപോലെ വൈരാഗ്യേണ ചൃഹ്യത അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഇത് സാധിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ആ അഭ്യാസത്തെ ഭഗവാൻ വീണ്ടും അവതരിപ്പിച്ച് ഈ അഭ്യാസം നിനക്ക് പറ്റുന്നില്ല എങ്കിൽ നീ നിനക്ക് സാധിക്കുന്നില്ല നീ ഒരു കാര്യം ചെയ്യൂ ഭഗവാൻ കാര്യങ്ങളെ ഒന്ന് മാറ്റി പറയണം നമ്മൾ അങ്ങനെയാണല്ലോ കുട്ടികളോട് ഒന്ന് കാര്യം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൂ പെഡലി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എന്നാൽ ശരി ഞാൻ നിനക്ക് ദോശ തരാം കാര്യം എന്താ അപ്പം അങ്ങോട്ട് പരത്തിയാ പോരെ നമ്മളെന്തിനെ എത്ര ഷാഠ്യം പിടിക്കുന്നത് നമ്മുടെ ഉദ്ദേശം എന്താണ് വയറ് നിറയണം അത്രയല്ലേ വേണ്ടു അവനനുസരിച്ച് കൊടുക്കാം അപ്പം മോനെ എന്താ വേണ്ടത് ചില അമ്മമാരുണ്ട് എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റൊന്നും വേണ്ട അതെന്താ എനിക്ക് ഇഡലി വേണ്ട എന്നാൽ മോനെന്താ വേണ്ടത് എന്നാൽ ഒരു കാര്യം ചെയ്യും ദോശ തരാം അമ്മ അല്ലെങ്കിൽ പത്തിരി തരാം അതിനാണല്ലോ ഈ കുട്ടികളെ പറ്റിക്കാനാണ് ഇപ്പോൾ ഈ ചെറിയ ഇഡ്ഡലി പാത്രം ഒക്കെ ഉണ്ട് കുഞ്ഞ് കുഞ്ഞ് ഇഡലി കുട്ടികളെ പറ്റിക്കാൻ കുട്ടികളെ പറ്റിക്കാൻ പറഞ്ഞാൽ അവർക്കൊരു കൗതുകമാണ് അതിലൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഭഗവാൻ ചില ചില തന്ത്രങ്ങൾ ആ ഒരു കാരുണ്യം നോക്കണം എങ്ങനെയെങ്കിലും ഇവനെ ഇതിൽ നിന്ന് എന്താ ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീ അതിന് സമർത്ഥനല്ല എങ്കിൽ നീ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനാകൂ അങ്ങനെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിലൂടെ നീ എന്ത് പ്രാപിക്കുന്നു സിദ്ധിയെ പ്രാപിക്കുന്നു നടക്കൂല ഭഗവാനെ എന്ത് അങ്ങേക്ക് വേണ്ടി കർമ്മം ചെയ്യരുത് എന്താ ചെയ്യുക ഭഗവാൻ പറയുന്നു ഒരു കാര്യം ചെയ്യൂ എന്താ അഥൈ തശക്സി കശ്രി ഫലം തരുവാ അതെ അശക് അത്തും മദ്യോഗം ആശ്രിതം തത ക യഥാത്മവാൻ അതാ അനന്തരം ഇനിയും എന്നിട്ട് ഏതത് അഭികർത്തും അശക്ത അസി ഇതു ചെയ്യാനും നീ അശക്തനാണ് എങ്കിൽ അപ്പൊ ഇതും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ത് അഭ്യാസം അതും പറ്റില്ല പിന്നെയോ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാം ഭഗവാൻ വേണ്ടി ചെയ്യുന്ന കർമ്മം മുഴുവൻ ഭഗവാൻ വേണ്ടി അതെങ്ങനെയാണ് അപ്പം ഭഗവാന് വേണ്ടി അങ്ങനെ കർമ്മം ചെയ്യുന്നത് അതൊന്നും പറ്റില്ല ശരി നിനക്ക് പറ്റില്ല എങ്കിൽ ഇരിക്കട്ടെ ഏതാഭി കർത്തും അശക്ത അസി തഥ പിന്നെ നീ എന്താ വേണ്ടത് മത് യോഗം ആശ്രിത മത്യോഗം യോഗത്തെ എൻ്റെ ചേർച്ചയെ ആശ്രിത ആശ്രയിച്ചിട്ട് യഥാത്മാവാൻ മനസ്സിനെ അടക്കിയിട്ട് സർവകർമ്മ ഫലത്യാഗം കുരു സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുന്നവനായി ഭവിക്കൂ അർജുന സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുന്നവനായി ഭവിക്കൂ എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടിയാൽ അത് ആശ്രമത്തിൽ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് അമ്പലത്തിൻ്റെ ഭണ്ഡാരത്തില സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കൂ നമുക്കീ കർമ്മം കർമ്മഫലം എന്ന് കേട്ടാൽ ഒറ്റ ചിന്തയുള്ളൂ ജോലി ശമ്പളം കർമ്മഫലം എന്ന് പറഞ്ഞാൽ കാശ് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കാശ് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഇതാണ് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കണം കർമ്മഫലം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയൊക്കെ വരും സന്താന ഭർത്താവിന്റെ രൂപത്തില് അല്ലെങ്കിൽ വ്യാധി രൂപത്തിൽ മറ്റ് പല ഇതിലൊക്കെ വരും എന്നിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഞാനിത് എന്ത് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടാണ് എനിക്കതാ മനസ്സിലാവാത്തത് പക്ഷേ ഈ ചോദിക്കുന്ന ആൾ ആളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ അതൊന്നും അറിയില്ല സ്വാമി രാവിലെ മുതൽ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ മാത്രമാണെന്ന് അപ്പൊ അവർ പറയുന്നു ഒരാൾ പറയുന്നു സ്വാമി ഞാൻ ആർക്കും ഒരു ചെയ്തിട്ടില്ല ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ ഒരാൾക്കും ഒരു ഉപദ്രവും ഇതാ ഇന്നേ തീയതി വരെ ഞാൻ ചെയ്തിട്ടില്ല ഈ പറച്ചിൽ തന്നെ ഒരു അത് വേറെ അപ്പൊ നമ്മൾ വിചാരിക്കണോ നമ്മുടെ പ്രവൃത്തികൾക്ക് നമ്മൾ തമാശ പറയുകയാണെങ്കിലും നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ തന്നെ നാം ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നമ്മളൊരു ഭിക്ഷാട ഒരു ഭിക്ഷാടനത്തിന് വന്ന ഒരാൾക്ക് ഒരു കാശ് കൊടുക്കുന്ന സമയത്ത് എല്ലാറ്റിനും നമുക്കൊരു നമ്മുടേതായിട്ടുള്ളൊരു ന്യായീകരണങ്ങളുണ്ട് ഇപ്പൊ ഈ വേദത്തിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ ആചാര്യന്മാര് കർമ്മത്തെ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ ശങ്കരാചാര്യസ്വാമികൾ കർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് വേദോ നിത്യമതീയതാം തതുതിതം കർമ്മസ്വനുഷ്ഠീയതാം വേദധ്യയനം അതിനനുസരിച്ചിട്ട് വേദത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെയൊക്കെ ഉൾക്കൊണ്ട് കൊണ്ടിട്ട് കർമ്മം ചെയ്യണം എന്നൊക്കെയാണ് ഈ കർമ്മം ചെയ്യുന്ന ഞാൻ ഇതുവരെ ചെയ്ത കർമ്മങ്ങളിലൊക്കെ എനിക്ക് പ്രമാണമായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ എൻ്റെ കർമ്മശാസ്ത്രത്തിന് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഓരോരോ കർമ്മങ്ങൾ അതിലെനിക്ക് എന്താണ് പ്രചോദനമായത് എന്താണ് പ്രമാണമായത് അന്നുമില്ല എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ചെയ്തു പിന്നെ എനിക്ക് വന്നിരിക്കുന്ന കുറേ ഫലങ്ങളുണ്ട് പലതും അതൊക്കെ വിരുദ്ധമായിട്ടുള്ളതാണ് എൻ്റെ മനസ്സിന് ചേരാത്തതാണ് അപ്പൊ ഇത് എനിക്ക് എങ്ങനെ വന്നു എന്തുകൊണ്ട് വന്നു ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിക്കുന്ന ഏതൊരു സാധാരണക്കാരനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ അപ്പൊ നമ്മുടെ ചോദ്യം വളരെ ലളിതമാണ് നമ്മുടെ തലമുടി തലയിൽ മുടി ഇരിക്കുന്നത് ഉണ്ടെങ്കിൽ ഇരിക്കുന്നത് കർമ്മബലമാണെന്നാണ് അതാരെങ്കിലും പറയാറുണ്ടോ ചിലപ്പോൾ തലമുടി പെട്ടെന്ന് കൊഴിയുമ്പോൾ പറയാറുണ്ടാവോ ആയിരിക്കും എന്തോ എൻ്റെ കർമ്മബലമാണ് ഇതിങ്ങനെ കൊഴിഞ്ഞു പോണത് എന്ന് അല്ലെങ്കിൽ കണ്ണ് കാണുന്നത് നമുക്ക് നടക്കാൻ സാധിക്കുന്നത് ഉറങ്ങാൻ സാധിക്കുന്നത് ഉണരാൻ സാധിക്കുന്നത് രക്തമുണ്ടായത് ഇങ്ങനെ ശരീരത്തിലെ ഒരുപാട് മലമൂത്ര വിസർജനാദികൾ വിയർപ്പ് ഇതൊക്കെ കർമ്മഫലമാണ് നമ്മൾ എണ്ണാറുണ്ടോ അങ്ങനെ ഇല്ലല്ലോ എന്ത് കർമ്മഫലമാണാവോ വിയർക്കുന്നത് എണ്ണാറുണ്ടോ ഇല്ല അപ്പൊ അതിൽ കർമ്മവും കർമ്മഫലവും ഇല്ല ഉണ്ടല്ലോ അതൊക്കെ എന്തിനാണ് അപ്പോൾ സ്വാമി നമ്മൾ അന്വേഷിക്കുന്നത് അതേ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോഴേ നിങ്ങൾക്കിതിൻ്റെ രഹസ്യം പിടികിട്ടുള്ളൂ കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയാം അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് ഞാനാണോ ബോധപൂർവം ഇതൊക്കെ ചെയ്യുന്നത് അല്ല ആരെങ്കിലും ബോധപൂർവം ശ്വസിക്കാറുണ്ടോ അങ്ങനെയാണ് ശ്വസിക്കാൻ മറന്നുപോയി മരിച്ചവരായിരിക്കും ഏറ്റവും കൂടുതൽ അതെ അല്ലെ ബോധപൂർവം നമ്മളെ ഏൽപ്പിച്ച ഒരു പ്രക്രിയയാണ് ശ്വസന പ്രക്രിയ എങ്കിൽ ഏറ്റവും കൂടുതൽ മരണം എന്താ ശ്വസിക്കാം മറന്നുപോയിട്ടുള്ള മരണമായിരിക്കാം അത്തരത്തിലൊക്കെ എന്തെങ്കിലും പ്രകൃതി നമ്മെയാണ് ഏൽപ്പിച്ചതെങ്കിൽ എന്നിട്ട് തന്നെ നമ്മൾ എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നു അല്ലേ എന്തൊക്കെ ശ്രദ്ധാപൂർവം ഭഗവാൻ ചെയ്തിട്ടുണ്ടെന്നറിയോ ഓരോ കാര്യങ്ങളും അപ്പൊ കർമ്മം കർമ്മഫലം അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഈ രൂപം ശരീരത്തിൻ്റെ ഈ ഒരു എന്താ പറയുക ഇന്ദ്രിയങ്ങളുടെ രീതി വിധാനം ഇതെല്ലാം കർമ്മഫലമാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ ഇവിടെ പറയുന്ന സർവകർമ്മ ഫല ത്യാഗം കുരു എന്ന് പറയുമ്പം പിന്നെ ഇവിടെ പ്രവർത്തിതാവില്ല പ്രവർത്തിക്കുന്നവനില്ല ഈ പ്രവർത്തിതാവാണ് ലീലാവരനാവുന്നത് പിന്നെ അവിടെ ഒരു നടനേയുള്ളൂ പിന്നെ താൻ റോളിൽ അഭിനയിക്കുകയാണ് ഇതാണ് ഭഗവാന്റെ ഏർപ്പാട് അതുകൊണ്ടാ അദ്ദേഹം ലീല എന്ന് പറയുന്ന എല്ലാറ്റിനും ഭഗവാന്റെ ലീലയാണ് പിന്നെ നമ്മൾ അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്നു എന്നേ ഉള്ളൂ മാറി നിന്നിട്ട് സർവകർമ്മ ഫലത്യാഗം എന്ന് പറഞ്ഞാൽ ഈ അറിവിലേക്ക് ഉണരൽ തന്നെയാണ് അല്ലാതെ ഈ പറഞ്ഞ് അത് വന്നു ഇത് വന്നു മോൻ മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു ഇതെന്തുകൊണ്ട് ഏതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ നമ്മെ സംബന്ധിച്ച് കർമ്മവും കർമ്മഫലവും അല്ലെങ്കിൽ ആറുമാസമായിട്ട് ശമ്പളം കിട്ടാനുണ്ട് ഇതെന്ത് കർമ്മബലാണാവോ എൻ്റെ അല്ലെങ്കിൽ ഭാര്യ പിണങ്ങിപ്പോയി എന്ത് കർമ്മഫലമാണാവോ അത് നിങ്ങളുടെ ഓരോരോ കുഴപ്പങ്ങളാണ് അതിലുണ്ട് കർമ്മവും കർമ്മഫലവും ഒക്കെ ഉണ്ട് എല്ലാം അതുതന്നെയാണ് പക്ഷെ വെറും ഈ സമയത്ത് മാത്രം അന്വേഷിക്കേണ്ടുന്ന ഒന്നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് അതുകൊണ്ടാണ് രമണ മഹർഷി എന്ത് പറഞ്ഞത് ഈശ്വരാർപ്പിതം നേച്ചയാകൃതം ചിത്തശോധകം മുക്തിസാധകം കർത്തുരാജ്ഞയാ പ്രാപ്യത ഫലം കർമ്മ കിം പരം കർമ്മത ജടം കർമ്മം ജഡമാണ് അതിനെ ചൈതന്യവത്താക്കുന്ന മറ്റൊന്നുണ്ട് അതാണ് ഈശ്വരൻ എന്ന് പറയുക നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കൊരു മണ്ണ് കളയ്ക്കാം മണ്ണ് കളച്ചിട്ട് അതിലൊരു വിത്തിടാം വെള്ളം ഒഴിച്ചു കൊടുക്കാം മുളയ്ക്കടാം എന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല അത് മുളച്ചിട്ട് അതിൽ ഉണ്ടാകുന്ന വി ഉണ്ടാകുന്ന ചെടി ഉണ്ടല്ലോ ആ ചെടിയിൽ മുളക് വേണോ തക്കാളി വേണോ എന്ന് നിശ്ചയിക്കുന്നത് വേറെ പലരുമാണ് കർമ്മഫലം തരുന്ന ദാതാവ് അതിൻ്റെ ആൾ വേറെയാണെന്ന് പറയാം അപ്പൊ അതെന്ത് വേണം വിട്ടുകൊടുക്കുക നമ്മൾ മുറുക പിടിക്കേണ്ട എന്ന് പറയാം ഇന്ന് നമ്മൾ എന്തിലൊക്കെ മുറുകെ പിടിച്ചിട്ടുണ്ട് ഇന്ന് നമ്മളൊരു ഒരു ഒരു ആരോടൊന്നു ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ അവർ പറഞ്ഞതാണ് മകനെ ഡോക്ടർ ആക്കുന്ന കാര്യത്തിൽ അവർ മകനെ ഇരുത്തി കൊണ്ട് പറഞ്ഞു ഇതെൻ്റെ ഒരു ആഗ്രഹമാണെന്ന് നോക്കൂ അതൊന്നും ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളാണ് നമ്മുടെ തീവ്രമായ അഭിലാഷങ്ങൾ കുട്ടികളിലൂടെ പൂവണിഞ്ഞ് കാണണം എന്നാഗ്രഹിക്കുന്നത് ഞാൻ പുളിമരത്തില് ഓറഞ്ച് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത് പോലെയാണ് അതെ അല്ലെങ്കിൽ ഈ ഇതല്ലേ എന്താ അതിന് പറയാം ഈ കാഞ്ഞിരപ്പഴം നല്ല കാണാൻ നല്ല രസമാണ് അത് പഴുത്ത് നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയെന്നറിയാം കുട്ടിക്കാലത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഓ ഇത് മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലെയാ നമ്മൾ പലതും അയ്യോ സ്വാമി അപ്പൊ കുട്ടികളുടെ പ്രതീക്ഷയൊന്നും വേണ്ട എന്നാണോ വേണ്ട അല്ല അതിപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എപ്പോഴെങ്കിലും മനസ്സിലായി തുടങ്ങിയല്ലോ നമ്മൾ അമിതമായ പ്രതീക്ഷ വയ്ക്കുമ്പോ നമ്മുടേതായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ അത് മറന്നു പോകും നമ്മൾ എന്താണ് സ്നേഹം കൊടുക്കുക അവരുടെ സാന്നിധ്യം നമ്മുടെ സാന്നിധ്യം അവർക്ക് ഉറപ്പുവരുത്തുക അതൊന്നും ഉണ്ടാകാതെ പോകുന്നുണ്ട് അതുകൊണ്ട് സർവകർമ്മ ഫലത്യാഗം കുരു എന്ന് പറയുമ്പം എന്തോ നിങ്ങൾ ചെയ്യുന്നു എന്നല്ല അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാവാത്തൊരു എന്താ പറയുക ശബ്ദമാണ് സർവകർമ്മ ഫലത്യാഗം ഈ പ്രപഞ്ചത്തെ അതുപോലെ അംഗീകരിക്കാൻ അതുപോലെ കാണാൻ അതിൻ്റെ എന്താ പൂർണ്ണമായ ഭാവത്തോടുകൂടി സ്വീകരിക്കാൻ ഉള്ളൊരു സന്മനസ് ഉണ്ടല്ലോ അത് സർവകർമ്മ ഫലത്യാഗം അത് ചെയ്യൂ നീ വെറുതെ മസിൽ പിടിക്കേണ്ട എന്ന് പറയുക നമ്മളോട് പറയുക മസിൽ പിടുത്തം ഒഴിവാക്കൂ സർവകർമ്മ ഫലത്യാഗം നമ്മൾ ചെയ്യുന്നില്ലേ കുട്ടികൾക്ക് വേണ്ടി കളിക്കാറില്ലേ അല്ലേ കുട്ടികളുടെ കൂടെ കളിക്കുമ്പം നമ്മളെവിടെയാ നമ്മൾ നിൽക്കുന്നത് വേറൊരു സ്ഥലത്താണ് പിന്നെ നമ്മുടെ ഈ അഭിനയം കുറെ നിർത്തേണ്ടതുണ്ട് അതാണ് ഇപ്പൊ ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് പറയാം ഇപ്പൊ രാത്രി ഒരു ഒരു വീട്ടിലേക്ക് നമ്മളെപ്പോഴാണ് ഈ അഭിനയിക്കുന്നത് വീട്ടിലേക്ക് ആള് വരുമ്പോ ആരെങ്കിലുമൊക്കെ വരണം പെട്ടെന്ന് അവിചാരിതമായിട്ടാണ് വരിക വരുന്ന ഈ വരുന്നവർക്ക് വലിയ ശല്യം ചെയ്യുക അവരുടെ ലക്ഷ്യം തന്നെ എല്ലാവരെയും അപ്പോൾ ഒറ്റയ്ക്കാണ് വരിക അല്ല കുട്ടികൾ എല്ലാവരെയും കൂടി ആയിട്ടാണ് വരിക വരുന്ന സമയം ഒരു എട്ട് എട്ടര മണിക്കൊക്കെയാണ് അപ്പോൾ അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എല്ലാം അവരൊക്കെ ഒരു നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോഴാണ് ഇവരുടെ വരവ് അപ്പം പിന്നെ ചോദിക്കേണ്ടത് നമ്മുടെ ഒരു മര്യാദയാണല്ലോ വരൂ നമുക്ക് കഴിക്കാം എന്ന് പറയാം അല്ല ഞങ്ങൾ ഇങ്ങനെ മുന്നറിയിപ്പൊന്നുമില്ല അതിനെന്താ ഉള്ളത് കഴിക്കാം അങ്ങനെ ഉള്ളത് അങ്ങോട്ട് നമ്മൾ കഴിക്കും എല്ലാവരും കൂടെ ഒരുമിച്ചു തരുന്നത് ആ സമയത്ത് നമ്മൾ എടുക്കുന്നതൊക്കെ വളരെ ആലോചനാപൂർവ്വമായിരിക്കും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വീണ്ടും വിചാരമൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ പുതിയ പുതിയ കലകൾ അവരെ അഭ്യസിപ്പിക്കും ഇതല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കാലത്ത് ട്രെയിനിങ് ചെയ്യണം പക്ഷെ അതാരും കൊടുക്കാറുമില്ല അതൊക്കെ ഇതിന്റെ കുഴപ്പമാണ് അപ്പൊ കണ്ണുരുട്ടിട്ടും പിന്നെ കുട്ടികളെ ഈ സ്പൂണിന്റെ കൂട്ടത്തിലൊക്കെ ഒരു പിടുത്തം പിടിച്ച ഒരു ഞെക്കലാണ് ഒരു കുട്ടി അങ്ങനെ കരഞ്ഞു അയ്യോ അമ്മ എന്ന് ഓ സോറിന്ന് വളരെ ഇതായിട്ട് അങ്ങനെ എന്താ പറയാ ആ എല്ലാം കൂടെ ഒപ്പിച്ചൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു ഓ ഫുള്ളായി ഓക്കെ അനാവശ്യമാണ് അതൊക്കെ എന്നിട്ട് അവരങ്ങനെ പിരിഞ്ഞു പോയി ഒരൊമ്പതൊമ്പതരൊക്കെ ആയപ്പോ അവര് പോയി അവിടെയാണ് വീട്ടിലെ ചിടുങ്കം പറയണ വശക്കണുന്ന് കാരണം അവർക്കൊക്കെ ഉള്ളതാണ് ഇവരൊക്കെ എടുത്തു പോയത് അപ്പോഴെ അദ്ദേഹം പറയാം അതെ എനിക്കും വശക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും വേഗം ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം ഭക്ഷണം കഴിക്കാം ഹോട്ടലിൽ പോയി കഴിക്കാം മസാല വശമാണ് അവിടെ ചെല്ലുമ്പോഴേ അവരും കഴിക്കാനിരിക്കുക ഇവിടുന്ന് പോയ ആൾക്കാരും ഇതാർക്കെങ്കിലും ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് ഇങ്ങനെ പലപ്പോഴും നമ്മള് കണ്ടുമുട്ടാറില്ലേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിനയങ്ങളൊക്കെ നമ്മൾ കുറേ മാറ്റിവെക്കേണ്ടതുണ്ട് കുറേയും കൂടെ സ്വാമി പറയുന്നത് എന്താണെന്ന് അറിയാം കുറേയും കൂടെ നമ്മൾ ഈ ഇതൊക്കെ ഇതൊക്കെയാണ് ഫോർമാലിറ്റി ഇതൊക്കെയാണ് സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് വേണ്ടത് എന്ന് നമ്മളെ ആരെ ആരൊക്കെയോ പഠിപ്പിച്ചു അല്ലെങ്കിൽ അറിയാതെ നമ്മൾ പഠിച്ചു വെച്ചു അതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ അതൊന്നും ഇതൊന്ന് ഇതൊക്കെ ഇങ്ങനെയുള്ള ഓരോന്നുള്ളിലിരിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല എന്ന് പറയും കുറേയും കൂടെ നമ്മൾ സത്യസന്ധരാകണം കാരണം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്ക് പറയാൻ പറ്റണം ഓ നിങ്ങൾ പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നിങ്ങൾക്ക് വേണ്ടി കരുതാൻ സാധിച്ചില്ല മാത്രമല്ല ഞാൻ ഭക്ഷണം ഇവിടെ ബാക്കിയാക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ കൃത്യം അതായത് ഞാനൊരു ആ കാര്യത്തിൽ കണിശക്കാരനാണ് ഞാൻ വെറുതെ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുന്ന ഒരാളല്ല ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മാവി ഇരിക്കുന്നുണ്ട് ദോശയൂടാം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാം അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വരുത്തിക്കാം അത് നിങ്ങൾ തുറന്ന് പറയണം അല്ല ഞങ്ങളൊക്കെ കഴിച്ചതാണ് അപ്പോഴീ കുട്ടിക്കുണ്ടാവുന്ന വിഷമമുണ്ടല്ലോ കഴിക്കാൻ പോകുമ്പോഴാണേ അവ ഇവ എങ്ങനെ നോക്കും അല്ലേ മോനെ എന്തൊരു കഷ്ട അല്ലേ അപ്പൊ ഇവൻ ഇതൊക്കെ ചെറുപ്പത്തിലെ ഇതൊക്കെ പഠിക്കണോ അതുകൊണ്ട് നമ്മള് ആദ്യം സത്യസന്ധരാവേണ്ടത് നമുക്ക് സർവകർമ്മ ഫലത്യാഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ഇതൊക്കെ ഒന്ന് ഓർമ്മയിരിക്കട്ടെ എത്രത്തോളം നാം നമ്മോട് സത്യസന്ധരാണ് അതോ ഈ അഭിനയത്തിന്റെ ലോകത്താണോ നമ്മള് രണ്ടു കൂട്ടർക്കും അറിയാം ഈ ഭാര്യയും ഭർത്താവും തന്നെ ഒരുമിച്ച് ഒരു എന്താ ഈ മാർജൻ ഫ്രീ ഷോപ്പിലൊക്കെ വലിയ ഈ ഷോപ്പുകളുണ്ടല്ലോ അവിടെ അവിടേക്ക് കയറിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു വേറൊരു അഭിനയമാണ് അപ്പോൾ അയാളിങ്ങോട്ട് കൊട്ടയെടുക്കും അപ്പോൾ മറ്റവർ ഇത് പിന്നെ ഇവരുടെ കപ്പാസിറ്റി എത്രയുണ്ടെന്ന് പക്ഷേ ഇവർ ഏറ്റവും വലുതൊക്കെ ഇങ്ങനെ എടുക്കും പക്ഷേ ഒന്നും നീ ബാഗിനകത്തേക്ക് ഇടണ്ട എന്നുള്ളത് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു വെറുതെ ഒരു നാട്യം എന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കുറെ സത്യസന്ധരാവാം സത്യസന്ധ നമ്മുടെ ഈ ഇടപാടിൽ വ്യാപാരത്തിൽ ഇതായിരിക്കട്ടെ സംശുദ്ധമായി നിലനിൽക്കേണ്ടത് എന്ന് പറയാം സർവകർമ്മ ഫലത്യാകം സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ആ ഈ സത്യസന്ധതയെയാണ് പറയുന്നത് കാരണം അതിനെ ആ സത്തായിരിക്കുന്നതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റേത് എന്ന് പറയാൻ ഈ ലോകത്ത് ഒന്നുമില്ലല്ലോ ഭഗവാനെ എന്നറിയുമ്പോഴാണ് ഒരുവൻ ത്യാഗത്തിൻ്റെ ആ പടിയിൽ കയറിയിരിക്കുന്നത് എൻ്റേത് എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല പിന്നെ എന്തിനാണ് എനിക്ക് ത്യജിക്കേണ്ടത് ത്യജിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ത്യജിക്കേണ്ടു ഇതം സർവം ഈശാവാസി എന്ന് പറയുമ്പോൾ പിന്നെ ത്യജിക്കാൻ ഈശ്വരൻ അല്ലാത്ത വേറെ എന്തോ ഇല്ലേ അപ്പൊ അതെന്താണ് അത് ഞാൻ എന്നതും എൻ്റേത് വേറെ ഇവിടെ വേറെ ഒന്നിനെയും ത്യജിക്കാനില്ല ഇതറിയുമ്പം തന്നെ ഒരുവൻ ത്യാഗിയായി അപ്പൊ ഞാനും എൻ്റേതെന്ന് പറഞ്ഞാൽ എന്താ അയഥാർത്ഥ്യങ്ങള് നിത്യാധാരണകള് അതിതാ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാ അതുകൊണ്ട് അതിനെയൊക്കെ പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട ചില ചില എന്താ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഔപചാരികതയുടെ ഭാഗമായിട്ടുള്ള ചിലതൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ അത്യാവശ്യം കൊണ്ട് നടന്നോളൂ പക്ഷെ അധികമാകരുത് എന്ന് പിന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ നമ്മൾ ഈ തരത്തിലുള്ളതിലൊന്നും അധികം നമ്മൾ ആ എന്താ പറയുക അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത് കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റാത്തവര് മനസ്സിലാക്കണ്ട അതുകൊണ്ട് കുട്ടികൾ എന്തെങ്കിലും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളത് ചെയ് ചെയ്യുന്നുണ്ടോ എന്ന് സ്വാമിക്ക് അറിയില്ല ഇപ്പം നമ്മൾ കുട്ടികളോട് പേര് ചോദിക്കുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ കയ്യിൽ വിരല് കടിക്കുക അല്ലെങ്കിൽ മൂക്കിൽ ഇതിടുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബലമായിട്ട് പിടിക്കും അല്ലെങ്കിൽ കുട്ടി ഇപ്പം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇടത് കൈ കൊണ്ട് മേടിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് മേടിക്കൂ ഇതൊക്കെ തെറ്റാണ് കാരണം കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റാത്തവർ മനസ്സിലാക്കണ്ട പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് പറയുക ഈ ചെറിയ കുട്ടി തൊണ്ണൂറുകാരനെ പോലെ പെരുമാറണമെന്ന് അത് തെറ്റല്ലേ അതെങ്ങനെ അവനവൻ്റെ രീതിയിൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ മടിയിലൊക്കെ കുട്ടിയെ അടുത്ത് വിളിച്ച് ഇരുത്തി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്ന അറിയുമോ അവൻ്റെ കാലുകൊണ്ട് നമ്മളെ ഒരു ചവിട്ടിയാവട്ടും എന്റെ മോനെ സ്വാമി സ്വാമിയെ ക്ഷണിക്കണേ അറിവില്ലാത്ത പൈതമാണ് സംശയം ഇത് ആർക്കറിയില്ല സ്വാമി അതെ ചെറിയ അല്ലെങ്കിൽ അതിന് രണ്ടോ മൂന്നോ വയസ്സേ ആയിട്ടുള്ളൂ കാല് എന്ന് പറയാൻ തന്നെ ആയിട്ടില്ല അല്ലേ അതുകൊണ്ട് ഒരു തട്ട് തട്ടി സ്വാമിക്ക് അത് കിട്ടേണ്ടതുമാണ് എവിടുന്നെങ്കിലുമൊക്കെ കിട്ടണല്ലോ പക്ഷെ അതിലൊക്കെ നമ്മൾ അമിതമായിട്ട് നമ്മള് അവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ സ്വാമി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സ് വേറെ എന്ത് വേറെ എന്തിനെയൊക്കെയോ കൃത്രിമമായി ആവിഷ്കരിക്കാൻ ശ്രമിക്കണം യാഥാർത്ഥ്യത്തിൽ നിന്ന് അയഥാർത്ഥ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനു വേണ്ടിയാണ് സ്വാമി ഉദാഹരണം പറഞ്ഞത് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സർവകർമ്മ ഫലത്യാഗം കുറു തുടർന്ന് ശ്രേയോ ഹി ജാനമസാ ജ്ഞാധ്യാന വിശിഷ്യത്തെ ധ്യകാതിരനന്തരം ശ്രേയ ഹി ജ്ഞാനം അഭ്യസാ ജാനം വിശിഷ്യത്തെ ധ്യാ കമഫലത്യാഗ ത്യാഗാത് ശാന്തിഹി അനന്തരം അഭ്യാസാത് ഭഗവാൻ പറയുന്നു അഭ്യാസാത് അഭ്യാസത്തെക്കാൾ ആവർത്തിച്ചുള്ള പരിശീലനത്തെക്കാൾ ജ്ഞാനം ശ്രേയ അറിവ് ശ്രേയസ്കരമാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ വസ്തുബോധം വസ്തുബോധം എന്ന് പറഞ്ഞാൽ ഇതം സർവം ഈശാവാസ്യം ആത്മാവാസ്യം ഇതം സർവം എന്ന അറിവ് അതെന്താണ് ശ്രേയസ്കരമാണ് ജ്ഞാനാത് ആ ജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനം ഹേതുവായി ജ്ഞാനത്തേക്കാൾ എന്നൊക്കെ കാണാം ഇവിടെ പഞ്ചമിയാണ് ഇൽ നിന്ന് എന്നുള്ളത് പഞ്ചമിക്ക് പഞ്ചമി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ പഞ് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഓരോന്നിനോരോ ഇത് രാമഹ എന്ന് പറഞ്ഞാൽ രാമൻ രാമാത് രാമനിൽ നിന്ന് രാമനേക്കാൾ രാമൻ ഹേതുവായി എന്ന് പറയുന്ന അങ്ങനെ അർത്ഥങ്ങളുണ്ട് അപ്പോൾ പഞ്ചമിക്ക് എന്തൊക്കെയാണ് അർത്ഥം ഇൽ നിന്ന് കാൾ മുതൽ ഹേതുവായിട്ട് അപ്പോൾ ഇവിടെ ജ്ഞാനാത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഹേതുവായി എന്നെടുക്കാം കാൾ എന്നുള്ളതിനേക്കാൾ എന്തെടുക്കാം ഹേതുവായി അറിവ് ഹേതുവായി ധ്യാനം വിശേഷിയതേ അല്ലാതെ അറിവിനേക്കാൾ ധ്യാനം വിശേഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് കുഴപ്പമുണ്ട് അറിവിന് നിദാനമായിട്ട് നിലകൊള്ളുന്നത് എന്താ ധ്യാനത്തിന് അറിവാണ് നിദാനം അല്ലാതെ അറിവിനേക്കാൾ ധ്യാനം വിശേഷം എന്നല്ല അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ അറിയേണ്ടേ വെറുതെ അങ്ങോട്ട് ധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചാൽ മതിയാവും അല്ല അപ്പം അറി അറിവ് ഹേതുവായി ധ്യാനം വിശിഷ്യത വിശേഷപ്പെട്ടതായി തീരുന്നു അല്ലെങ്കിൽ വിശേഷമാണ് അത് വിശേഷമാണ് ധ്യാനാത് ധ്യാനം ഹേതുവായി കർമ്മഫലത്യാഗ കർമ്മഫലത്യാഗം കർമ്മത്തിൻ്റെ ഫലത്യാഗം ഉണ്ടാകുന്നു അപ്പം ഭഗവാൻ വസ്ഥിത മനസ്സിലാണ് കർമ്മഫലങ്ങളുടെ ത്യാഗം അല്ലെങ്കിൽ ധ്യാനത്തിൽ നിന്നാണ് കർമ്മത്തിൻ്റെ കർമ്മഫല ത്യാഗം സംഭവിക്കുന്നത് അപ്പൊ നമ്മുടെ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ് വിശേഷ്യതേ തുടർന്ന് പറയുന്നു ത്യാഗാത് ത്യാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ത്യാഗം ഹേതുവായി ത്യാഗത്തിലൂടെ അനന്തരം ശാന്തി ശാന്തി പരമമായ ശാന്തി അപ്പൊ ശാന്തിക്ക് എന്ത് വേണമെങ്കിൽ ശാന്തിക്ക് എന്തു വേണം ഈ അഭ്യാസം അതിലൂടെ ജ്ഞാനം ആ നിന്ന് ധ്യാനം ധ്യാനത്തിൽ നിന്ന് കർമ്മഫല ത്യാഗത്തിൽ നിന്ന് ശാന്തി ത്യാഗേന ഏകേന അമൃതത്വം ആശു ത്യാഗം ഒന്നുകൊണ്ട് മാത്രമേ അമൃതം കൈവരിക്കാൻ സാധ്യമാകൂ എന്ന് പനിഷത്ത് അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു ത്യാഗം ഒന്നുകൊണ്ട് അച്ഛൻ മകന്റെ അച്ഛൻ മകനോട് പറഞ്ഞു മോനെ അച്ഛൻ്റെ കമ്പനിയിൽ അച്ഛൻ്റെ അച്ഛൻ എന്തോ വ്യാപാരം നടത്തുന്നു അവൻ ജോലിക്കൊന്നും പോകുന്നില്ല അച്ഛൻ പറഞ്ഞു വരാൻ പറഞ്ഞു അപ്പൊ അച്ഛനോട് ചോദിച്ചു അച്ഛൻ എനിക്ക് എന്ത് ശമ്പളം തരും എന്ന് ചോദിച്ചു ആദ്യത്തെ മാസം നിനക്ക് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരാം ശരി അടുത്ത മാസം നിനക്ക് ഞാൻ രണ്ടായിരത്തി രൂപ തരും അതിൻ്റെ അടുത്ത മാസം ഞാൻ നിനക്ക് മൂവായിരം രൂപ തരും പിന്നെ ആ മൂവായിരത്തിൽ ഒരു മൂന്ന് മാസം തുടരും അത് കഴിഞ്ഞിട്ട് നിനക്ക് അയ്യായിരം രൂപ തരും അതായത് ആറാം മാസം മുതൽ ശരി എന്നാ ജോയിൻ ചെയ്യുന്നത് ഞാൻ ആറു മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യാറുണ്ട് ഇതാണ് നമ്മുടെ എന്താ കർമ്മഫല ത്യാഗത്തിൽ നിന്ന് ഫലത്യാഗത്തിൽ നിന്ന് ശാന്തി അങ്ങനെയാണോ ശാന്തി കിട്ടുന്നത് അതെ എന്ന് പറയാം നമുക്കൊക്കെ എന്തെങ്കിലും ശാന്തി കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇതിൽ നിന്ന് മാത്രയാകൂ രാമകൃഷ്ണദേവൻ ഈ കർമ്മഫലത്യാഗത്തിൽ നിന്നുണ്ടാകുന്ന ശാന്തിയെക്കുറിച്ച് ഒരു ദൃഷ്ടാന്തം പറയുന്നുണ്ട് ഇതാണ് പരുന്ത് കഴുകൻ മത്സ്യം കൊത്തിപ്പോകുന്നത് മത്സ്യം കൊത്തിപ്പോകുന്ന കഴുകൻ്റെ ചുറ്റും പരുന്തിന് ചുറ്റും കാക്കകൾ അതിനെ ആക്രമിക്കാൻ വരും കാ ക ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കാഴ്ച ഒരു രക്ഷയില്ല പരിന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ഇവരിങ്ങനെ ചുറ്റും കിടന്ന് ഇവനെങ്ങനെ എങ്ങനെ എങ്ങനെ ആക്രമിക്കും അവസാനം ആ പരിന്തിന് ഇതങ്ങോട്ട് വിട്ടു ആ മത്സ്യത്തിന് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോഴോ ഇവരെല്ലാം പോയി ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് ആ പരിധി അങ്ങനെ പറക്കുക വാ ഇതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഓ ഒരു പ്രശ്നമില്ല ശാന്തി ഇത് ഈ കെട്ടിപ്പിടിച്ചാൽ വലിയ പ്രശ്നം വിട്ടുകഴിഞ്ഞാലോ സത്യത്തിൽ ഈ പിടിച്ചിട്ടുണ്ടോ അത് തന്നെ തോന്നലാണ് അല്ലേ ഇതൊക്കെ എന്റെയാണ് ഞാൻ ഇതിലൊക്കെ പിടിച്ചിരിക്കണമെന്നുള്ളത് എന്നെ ഒരു തോന്നലല്ലേ ഈ തോന്നൽ സത്യമാണോ അല്ല അപ്പൊ ഈ ശരിയായ സത്യത്തെ സ്വീകരിക്കുന്നതല്ലേ നല്ലത് അതെ ഇത്രയെ പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും ഈ ദുനിയാവിൽ എന്തെങ്കിലും നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഒരു മൊട്ടുസൂചി പോലും ഗുരുനാനാക്കിന്റെ അടുത്ത് ഒരു വലിയ വ്യാപാരി വന്നു എന്നാ വ്യാപാരിയല്ല രാജാവോ അങ്ങനെ ആരോ ആണ് പറയുന്നത് അപ്പം ഗുരുനാനക്ക് എന്തോ പറഞ്ഞു ഗുരുനാനാക്കിനോട് പറഞ്ഞു പ്രഭോ മഹാത്മന് അങ്ങ് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ് മാത്രമല്ല അങ്ങ് എന്തായാലും സ്വർഗത്തിലേക്കായിരിക്കും പോവുക എൻ്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു ഞാൻ ഒരുപാട് ദാനധർമാദികളും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ രാജ്യത്ത് എന്നെ അന്വേഷിച്ച് വരുന്നവർക്ക് ഒന്നും ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കും അവിടെ തന്നെ ഉണ്ടാവില്ല എന്ന് ചോദിച്ചു സീറ്റ് യും അദ്ദേഹം ഉണ്ടാവും എന്തായാലും നമുക്ക് അവിടെ വെച്ചും കാണണം എവിടെ സ്വർഗത്തിൽ ഗുരുനാനാക്ക് പറഞ്ഞു തീർച്ചയായിട്ടും പക്ഷെ ചിലപ്പോ നമ്മൾ കണ്ടാൽ മനസ്സിലാവും തോന്നില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ ഞാനൊരു സാധനം തരാം ഒരടയാളം രാമചന്ദ്ര മഹാപ്രഭു ഹനുമാൻ അടയാളം കൊടുത്തുവല്ലോ സീതാദേവിയെ കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലേ അതുപോലെ ഇദ്ദേഹം ഒരു അടയാളം പൊതിഞ്ഞു കൊടുത്തു ഒരു ചെറിയ തുണ്ട് പേപ്പറിനകത്താക്കി കൊടുത്തു ഇദ്ദേഹം രാജാവ് തിരിച്ചു പോയിന്ന രാജ്ഞിയോട് പറഞ്ഞു കാര്യം മഹാറാണിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നു ഏതായാലും എൻ്റെ സ്വർഗത്തിൽ തന്നെയായിരിക്കും വാസം എന്നാണ് പറഞ്ഞത് അവിടെ വെച്ച് തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെയൊരു സാധനം കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇവിടുന്ന് അദ്ദേഹത്തിന് തുറന്നു നോക്കാൻ ഒരു താല്പര്യമുണ്ടായി നോക്കിയ സമയത്ത് ഒരു മൊട്ടുസൂചിയാണ് രാജ്ഞിക്ക് കുറേങ്കൂടെ വിവരം ഉണ്ടായിരുന്നു അവർ ചോദിച്ചത് എങ്ങനെയപ്പോൾ കൊണ്ടുപോവുകയെന്ന് അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത് ശരിയാണല്ലോ രാജ്യത്തിൻ്റെ അധിപനായ എനിക്ക് രാജ്യത്തിൻ്റെ അധിപനാണ് ഞാൻ ഈ മുഴുവൻ രാജ്യത്തിൻ്റെയും അധികാരം എനിക്കുണ്ട് പക്ഷേ മൊട്ടുസൂചി കൊണ്ടുപോവാൻ യാതൊരു സാധ്യതയുമില്ല അതായത് മരണത്തിന് മുൻപ് തന്നെ ഗുരുനാനാക്ക് ഈ സത്യം പഠിപ്പിച്ചു കൊടുത്തു നിന്ന മരണത്തിന് മുമ്പ് തന്നെ എടോ ഒരു മൊട്ടുസൂചിയുടെ ഉടമസ്ഥ പോലും അല്ല നീ പക്ഷേ നീ വിചാരിക്കുന്നുവെങ്കിൽ അത് നിനക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സത്യം എന്താണെന്ന് ചോ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്താണെന്ന് അന്വേഷിച്ചാൽ ഈ ലോകത്തിൽ ഒന്നും നമ്മുടേതല്ല അല്ല സ്വാമി ഇത് നമുക്കറിയാം ഇതറിയാലോ എല്ലാവർക്കും അറിയാം ആർക്കും ഇതറിയാത്തത് ഇത് ഏത് മൂടനും അറിയാലോ ഇല്ലേ ശരീരത്തിൻ്റെ കാര്യത്തിൽ പോലും അറിയാലോ നമ്മൾ വിചാരിക്കും ശരീരം ഞാനല്ല എന്നത് വേദാന്തിക്ക് മാത്രം അറിയുന്നതാണെന്ന് ഏയ് ഒരു കടുകട്ടിയായ ബ്രഹ്മസൂത്ര അദ്ദേഹം ഒന്നും വേണ്ട ഞാൻ ശരീരമല്ല എന്ന് പറയാൻ പ്രമേഹം വന്നാൽ മതി എന്നിട്ട് ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടർ പറയും വിരൽ മുറിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ വിരലുണ്ടായിട്ടാണോ ജീവിക്കുന്നത് ഡോക്ടറെ വേഗം മുറിക്കൂ എന്ന് ഞാൻ വിരലല്ല ഡോക്ടറോട് പറയും അപ്പൊ വേദാന്തം പറയും കാല് തന്നെ കഷ്ടത്തിലാണ് കാല് മുറിക്കണമെന്ന് പറഞ്ഞാൽ വേഗം എത്രയും പെട്ടെന്ന് ഈ മരുന്ന് കുറച്ച് സ്ട്രോങ് ആണോ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കാം നിങ്ങൾക്ക് ജീവൻ വേണോ കണ്ണു വേണോ കണ്ണുണ്ടെങ്കിലോ അകക്കണ്ണു പോരെ ഡോക്ടറെ വയ്ക്കൂ വേഗം വലിയ വേദാന്തം ഏതജ്ഞാനിക്കും അറിയാം ഞാൻ ശരീരമല്ല എന്ന് അതിന് വലിയ വേദാന്തമൊന്നും വേണ്ട പക്ഷേ എപ്പോഴൊക്കെയോ ഏതൊക്കെയോ ചില സമയങ്ങളിൽ നമുക്കറിയാം ഞാൻ ശരീരത്തിൽ നിന്നൊക്കെ വ്യതിരിക്തനാണ് ഭിന്നനാണ് പക്ഷേ ആ ഞാൻ ഈ ശരീരത്തോടുകൂടി ഞാൻ കാണുന്നു അല്ലെങ്കിൽ മറ്റു പലതുമായിട്ട് കാണുന്നു ഇതൊക്കെ ഒന്ന് ഒന്ന് ട്യൂൺ ചെയ്ത് ഒന്നൊരു പൊടിയൊക്കെ തട്ടി ഒരു ക്രമത്തിലായി കഴിഞ്ഞാലുണ്ടല്ലോ സന്തോഷം ആനന്ദം മാത്രമേ ഉള്ളൂ ഇതല്ലാതിരിക്കുമ്പോഴേ ഈ കുഴപ്പം മുഴുവൻ അതുകൊണ്ട് എൻ്റേത് എന്ന് പറയാൻ ഈ ലോകത്ത് യാതൊന്നും ഇല്ല എന്നിരിക്കെ ഞാൻ എന്തിനാണ് ഇതൊക്കെ എൻ്റേത് എന്ന് പറയുന്നത് സ്വാമി ഇപ്പൊ സ്വാമി എന്താ പറഞ്ഞു വരുന്നത് എൻ്റെ പേരിലുള്ള ആ പത്ത് സെൻറ് ആശ്രമത്തിന് എഴുതി തരണം എന്നാണോ അല്ല അല്ല അതല്ല അതല്ലേ സ്വാമിയുടെ ഉദ്ദേശം അല്ല പിന്നെയോ ദാനായിട്ട് ആർക്കെങ്കിലും കൊടുക്കണം എന്നാ അല്ല ഒന്നും അല്ല നിങ്ങളെല്ലാം വെച്ചോളൂ നിങ്ങളെല്ലാ ആധാരത്തിലും ഒപ്പ് വെച്ചോളൂ എല്ലാ ആധാരവും ഇടക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കോളൂ പക്ഷെ ഒപ്പം ഇതും കൂടെ ഓർത്തു വെച്ചേക്കുക ഇതൊന്നും സത്യത്തിൽ എൻ്റെതല്ല ആരോ പ്രമാണം എഴുതി വെച്ചു എന്നാ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കുട്ടികൾക്കെല്ലാം ബാധിച്ചു അവസാനം എഴുതി വെച്ചിരിക്കുന്നു മരണാനന്തരം ഇതൊക്കെ എന്നിൽ വന്നു ചേരുന്നു നമ്മൾ അതൊക്കെ ചെയ്യും സർവകർമ്മ ഫല എന്താ ഇവിടെ പറയുന്നു ത്യാഗാതനന്തരം ശാന്തി ത്യാഗം ഒന്നുകൊണ്ടാണ് ശാന്തി ത്യജിക്കുമ്പോഴല്ലേ നമുക്ക് സുഖം ഉണ്ടാവുമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ എന്തെങ്കിലുമൊക്കെ ത്യജിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ ഇപ്പൊ ബസ്സിൽ കയറി ബസ്സിൽ കയറി ഇരിക്കുന്ന സമയത്ത് സ്വാമി ഈ ആശയം പങ്കുവച്ചതാ നിങ്ങൾ നോക്കിക്കോളൂ ഒരു സ്ത്രീയും കുട്ടിയും വിഷമിച്ച് അവർ നിൽക്കുന്നു ആ സമയത്ത് നമുക്ക് ഇരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഉറങ്ങാൻ ഉറക്കം അടിക്കുമല്ലേ നമ്മളങ്ങനെ ഉറങ്ങും എന്നാലും നമുക്ക് വല്ലാത്തൊരു വിഷമാണ് നമ്മുടെ സീറ്റ് അങ്ങോട്ട് എഴുന്നേറ്റ് അവരങ്ങോട്ട് ഇരുന്നാൽ നമുക്കൊരു ശാന്തിയായി അല്ലെ ചിലർക്കതെങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും സാമാന്യ കുറച്ചൊരു സംസ്കാരമൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ഭൂതദയമൊക്കെ ഉള്ള അപരനെ നോക്കാൻ കണ്ണുള്ള ഒരുവൻ ഇരുന്നാൽ വലിയ ബുദ്ധിമുട്ടാവും എന്ത് ചെയ്യും പ്രായമായിട്ടുള്ളവർക്ക് അല്ലേ ചില പ്രായമായിട്ടുള്ള ആളുകളൊക്കെ റോഡ് ക്രോസ് ചെയ്യും ആ സമയത്ത് വാഹനം നിർത്തിക്കൊടുത്ത് അവർ പോവട്ടെ എന്ന് കരുതുന്ന സമയത്ത് നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും പക്ഷെ അതേസമയത്ത് ആ തിരക്കിലൊക്കെ നമ്മൾ ആതിനെയൊക്കെ വീട്ടിച്ച് എങ്ങനെങ്കിലും അയാളെയൊക്കെ പേടിപ്പിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ വല്ലാത്തൊരു വിഷമാണ് ത്യജിക്കുന്ന സമയത്ത് തന്നെയാണ് ശാന്തി ഉണ്ടാവുന്നത് നമ്മുടെ ലൗകിക ജീവിതത്തിൽ പോലും പലപ്പോഴും പലതും ത്യജിക്കുമ്പം നമ്മുടതും കൂടെ കഴിക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴല്ലേ നമുക്ക് ശാന്തി ഉണ്ടാവുന്ന എല്ലാ കാര്യത്തിലും അതെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പം ഇപ്പൊ ത്യാഗം പരമം എല്ലാറ്റിനെയും ത്യജിച്ചു കഴിഞ്ഞാലോ ഒന്ന് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെയും ഉടമസ്ഥൻ ഞാനല്ല എന്ന് ആ സത്യം അംഗീകരിക്കുക യഥാർത്ഥ്യത്തിൽ ജീവിക്കാതിരിക്കുക യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ശാന്തി ഉണ്ടാകുന്നത് തുടർന്ന് ോ നിരഹാരമദുഖസുഖമീ സുഷ്ട സതതം യോഗീ യ്ചയ മയ്യർതമനോ ബുദ്ധി യോ മത്ഭക്ത സേ പ്രിയൂത മൈത്ര കരുണ നിർമ്മ നിരഹങ്കാര സമദുഖസുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മൈ അർപ്പിതമനോബുദ്ധി യഹ മത്ഭക്ത സ മേ പ്രിയ ഭഗവാൻ ഇവിടുന്ന് അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് തൊട്ടു മുൻപായിട്ട് വോട്ടർ ലിസ്റ്റ് പുറത്തിറക്കും എന്നിട്ട് ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കും എന്താ ഗവൺമെൻറ്റ് പറയുക അതായത് ആരുടെയൊക്കെ പേരാണോ ഇതിലില്ലാത്തത് ഇത്രാം തീയതി മുൻപ് എന്താ തഹസീൽദാരോ ആരാ എവിടെയോ അതിൻ്റെ ആളുകളുണ്ടല്ലോ അവിടെ നിങ്ങളുടെ പേര് നിങ്ങളുടേതായിട്ടുള്ള പേര് വീണ്ടും ചേർക്കാനുള്ള അവസരമാണ് ഇതാ പന്ത്രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ ഭക്തന്മാരുടെ പേര് പറയാൻ പോവുക പുറത്തുവിടുക ലിസ്റ്റ് പുറത്തുവിട്ട് ആരൊക്കെയാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് സന്തോഷമായിട്ടിരിക്കാം ലിസ്റ്റിൽ ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് ലിസ്റ്റിലേക്ക് വരാനുള്ള ശ്രമം നടത്തുക റെഡി നോക്കി നോക്കിക്കോളൂ കേട്ടോ ആരൊക്കെ ലിസ്റ്റിൽ ഉണ്ടാവും എന്തായാലും ഞാനുണ്ടാവും അല്ലേ നോക്കാം അദ്വേഷ്ട സർവഭൂതാനാം ഒന്നാമത്തത് സർവഭൂതാനാം അദ്വേഷ്ട പ്രപഞ്ചത്തിലെ സകല പ്രാണിവർഗങ്ങളോട്ടും അദ്വേഷ്ട ദ്വേഷം ചെയ്യാത്തവൻ ദ്വേഷഭാവം ഇല്ലാത്തവൻ സ്വാമി പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആശയമാണ് പക്ഷേ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ ഈ വിശ്വത്തിൽ ഒന്നിനെയും അറപ്പോ വെറുപ്പോ ഇല്ലാതെ നോക്കാനുള്ള കണ്ണ് നേത്രം ചിലതിനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മുഖം തന്നെ അതുപോലെ ഇരിക്കും ഒരു ജാതി വളിച്ചുകൊണ്ട് അങ്ങനെ വേ അങ്ങനെ വേണ്ട എന്നാണ് എന്തിനാ അങ്ങനെ ഒരു ഇത് ഏതിനെ നോക്കി നോക്കൂ ഒരു കാക്കയില് പോലും ഉണ്ട് ഇല്ലേ സൗന്ദര്യം കാണാൻ പറ്റാത്തത് എല്ലാറ്റിലും ഉണ്ട് എന്ന് പറയാം കാക്കയാവട്ടെ കോഴിയാവട്ടെ പശു ആവട്ടെ കുറുക്കനാവട്ടെ എല്ലാം എല്ലാ പ്രാണിവർഗങ്ങളും ഇഴയുന്നതിലും ചേരയിലും നീർക്കോലിയിലും പച്ചിലപ്പാമ്പിലും പുഴിലും അട്ടയിലും കൊതുകിലും എല്ലാം ഉണ്ട് കൊതുകൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നു കഴിഞ്ഞാൽ ശരിക്കും നോക്ക് അതിനെ പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ജീവിയെ കാണാനുള്ള ചെറിയൊരു എന്താ ഭൂതകണ്ണാടിയും കൂടെ മേടിച്ചു വെക്കുന്നത് നല്ലതാണ് അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും അതിൻ്റെ കണ്ണൊക്കെ കാണാം അതുപോലെ എത്ര നേർത്തതാണ് അതിൻ്റെ ആ ചിറക് ആ കൊതുകിൻ്റെ ചില സമയത്ത് നമ്മൾ കൊതുകിനെയൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക പൊടി വന്ന് നിൽക്കില്ലേ ഒരു കറപ്പ് ഒരു പൊടി അല്ലേ ആരെ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തതില്ലേ എന്ത് രസമാണ് അതൊക്കെ അതുപോലെ ചിത്രശലഭം ചിത്രശലഭത്തിൻ്റെ ആ ചിറകിലുള്ള ഡിസൈൻ എല്ലാം ഒന്നും തന്നെ ഒന്നിനെയും വെറുക്കാനോ ദ്വേഷിക്കാനോ അറപ്പോ വെറുപ്പോ ഈ വിശ്വത്തിൽ ഒന്നിനോടും പാടില്ല ഒരു പാറ്റ ഭക്തന്മാരുടെ സ്വൈര്യം പോകാൻ ചില ഭക്തശിരോമണികൾക്ക് പാറ്റയെ കണ്ടാൽ വല്ലാത്ത പ്രശ്നമാണ് അല്ലെങ്കിൽ പല്ലിയെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു പഴുതാരയെ കണ്ടാൽ ഒരു പാമ്പിനെ കണ്ടാൽ പാമ്പിനെ കണ്ടാൽ അവർക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ് കാരണം പാമ്പ് ഒരു ദൈവസംബന്ധമായ ഒരു ജീവിയാണ് സർപ്പം സത്യമുണ്ട് എന്നാണല്ലോ പറയാം പക്ഷേ ഒന്നും ചെയ്യേണ്ടട്ടോ എന്നൊരു ഒഴുക്കം പറ്റില്ല അതായത് നമ്മൾ ഭക്ഷണം വിളമ്പുമ്പോൾ മതി എന്ന് പറയുന്നത് പോലെ പറ്റുമെങ്കിൽ അതിനെ അടിച്ചു കൊന്നേക്കൂ എന്ന് തന്നെയാണ് എന്നിട്ട് നമ്മൾ അതിന് പക്കതായുള്ള ആളുകളെയാണ് വിളിക്കുക നമുക്കറിയാം ആരെ വിളിച്ചാൽ ഇത് കൈകാര്യം ചെയ്യും എന്ന് എന്തിനാണ് നമുക്കൊരു സമാധാനം കിട്ടും അതിനൊക്കെ ഒന്നുകഴിഞ്ഞാൽ കാരണം ഇനി അതിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്നാണ് അതൊക്കെ നമുക്ക് തോന്നല അങ്ങനെയാണ് എത്ര കാലം മുമ്പ് തുടങ്ങിയത് ഈ അടിച്ചു കൊല്ലൽ എന്നിട്ട് തീർന്നു അല്ലല്ലോ അപ്പൊ ഒന്നിനോടും അറപ്പോ വെറുപ്പോ ശ്രദ്ധിക്കുക ഒന്നിനെയും എടുത്ത് ഈ അട്ടയെ ീ വീട്ടിന്റെ അകത്ത് വെക്കണം എന്നല്ല അങ്ങനെയാ അനിയിപ്പൊ സ്വാമി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പൊ മാറാലയൊന്നും തട്ടണ്ട ഒന്നിനോടും വെറുപ്പ് അതവിടെ ഇരിക്കട്ടെ എല്ലാം യഥാസ്ഥാനം ഒക്കെ വൃത്തിയായി വെക്ക മാറാല വന്ന് തട്ടുന്നതിനേക്കാൾ നല്ലത് ഈ മാറാല പിടിക്കുന്നതിന് മുൻപ് ചൂലിങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മാറാല വരില്ല നിങ്ങക്ക് മാറാല വരാതിരിക്കാനുള്ള രഹസ്യം സ്വാമി പറഞ്ഞുതരാം രാളെ വന്നിട്ടല്ലേ തട്ടേണ്ടത് ദിവസവും ചൂല് നമ്മുടെ ചൂല് നമ്മുടെ ചുമരിലൊക്കെ പ്രവേശിക്കുന്നുവെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ജീവികളൊന്നും കൂടുവെക്കില്ല അവർക്ക് നല്ല വിവരമുണ്ട് അവര് നോക്കുന്ന സമയത്ത് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ആരുടെയും സമ്പർക്കമില്ല ആരുടെയും സമ്പർക്കമില്ലാത്തടത്താണ് അവർ പോയി കൂടുവെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീട് അടച്ചിട്ട് നമ്മൾ വീട്ടിലാൾ താമസമില്ലെങ്കിലല്ലേ കടവാതിലും അങ്ങനെയുള്ളതൊക്കെ വന്ന് കൂടുവെക്കുന്നത് അവർക്ക് അവകാശമുണ്ട് ഇവിടെ അവർക്ക് അവകാശപ്പെട്ട ചില സ്ഥലങ്ങൾ നമ്മൾ കൈയ്യടക്കി കയ്യടക്കിയിരിക്കുക പിന്നെ അവർക്കും കൂടെ ജീവിക്കേണ്ടേ അതുകൊണ്ടാണ് അവർ ചില നമ്മുടെ ഉപയോഗിക്കാത്ത മുറികളൊക്കെ അവർ വന്ന് അവിടെ ഉപയോഗിക്കുന്നത് ഏതായാലും ഇവിടെ പറഞ്ഞ ആശയം ഒന്ന് ഒന്നിനോടും അറപ്പും വെറുപ്പും വേണ്ട എന്നുള്ളതാണ് ആദ്യത്തത് എന്താണ് നമുക്കവരോട് വേണ്ടത് മൈത്രഹ മിത്രഭാവം നമ്മൾ ഓരോരുത്തരും വിശ്വാമിത്രന്മാരായിരിക്കട്ടെ എന്ന് പറയാം ആരാണ് വിശ്വാമിത്രൻ വിശ്വത്തിന് മുഴുവൻ മിത്രനായിട്ടുള്ളവൻ കൂട്ടുകാരനാണ് നമ്മുടെ സാന്നിധ്യം ഭഗവാൻ പറയാൻ പോകുന്നുണ്ട് നമ്മുടെ സാന്നിധ്യം ലോകത്തിന് ഒരു പ്രശ്നമാകരുത് ഏതിനെ നോക്കിയാലും നമുക്ക് നമുക്ക് നമുക്ക് പരിചയം വേണം ഈ വിശ്വത്തിലെ എല്ലാറ്റിനെയും മിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരനാണല്ലോ അല്ലെ പരിചയമില്ലാത്തവൻ മിത്രം എന്ന് പറയൂ വിശ്വത്തിന് മിത്രനായിരിക്കാം നമ്മളോട് പറയുന്നത് അതാ മൈത്രഹ മൈത്രിഭാവം സുഹൃത്ത് എന്ന പോലെ എല്ലാറ്റിനെയും കാണാൻ ഒരു കണ്ണ്